ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ ശരീരമുണ്ടല്ലോ ഇത് ഒരു എന്താ പറയുക ഇതൊരു വാടകയ്ക്ക് കിട്ടിയ ഒരു സാധന എന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് സമ്മാന ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആർക്കാ നഷ്ടം അവസാന കാലത്ത് അയ്യോ അത് ഉപയോഗിച്ചില്ല കേട്ടോ ഇനിയിപ്പോ ഒന്ന് ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഗീത കേൾക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഏത് തൊണ്ണൂറ്റിയേഴിൽ കണ്ണിന് പിടിക്കുന്നില്ല കണ്ണൊക്കെ ഒന്ന് ശരിയാക്കി തരണം പറയും അങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ പറയും വെരി സോറി കാരണം ഇത് തന്നു നിങ്ങൾക്ക് ഇത്ര കാലത്തേക്ക് ഉപയോഗിക്കാൻ തന്നു അല്ല അന്ന് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല കാര്യമില്ല അന്ന് ഞാൻ ഉപയോഗിച്ചത് മുഴുവൻ എന്തിനാണ് എന്റെ ബുദ്ധിയെ ഉപയോഗിച്ചത് എന്റെ നേത്രത്തെ ഉപയോഗിച്ചത് എന്റെ ശ്രവണത്തെ ഉപയോഗിച്ചത് ഇത് വാടകയ്ക്ക് കിട്ടിയതാ ഇതിന്റെ വാടക ഇതിന്റെ ഓണർ ആരാണ് നമ്മളോട് ചോദിച്ചിട്ടല്ല അയാൾ എടുക്കുക ഇവിടുന്ന് അയാൾ ഒരു ദിവസത്തെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുപോകും ഈ മോട്ടർ അപ്പൊ ആയിട്ടില്ല എന്ന് പറഞ്ഞാല് ഒന്നും പറയില്ല ചോദിക്കാതെ അങ്ങോട്ട് എടുക്കുകയ്യോ ഒറ്റ എടുക്കല ഉപനിഷത്തിലൊരു മന്ത്രമുണ്ട് ഓം ക്രതോസ്മര കൃതം സ്മര ക്രതോസ്മര കൃതം സ്മര ചെയ്തതിനെ സ്മരിക്കൂ ചെയ്തതിനെ സ്മരിക്കൂ ചെയ്തതിനെ വീണ്ടും വീണ്ടും സ്മരിക്കൂ പ്രണവത്തോടൊപ്പം ചെയ്ത ചെയ്തികളെ മുഴുവൻ സ്മരിക്കാൻ പറയും അപ്പൊ ഞാൻ ഇന്നലകളിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊന്ന് ആ സ്മരണയിൽ എന്താണ് നമുക്കുണ്ടാവുക എൻ്റെ കരചരണങ്ങളിലൂടെ എന്തൊക്കെ കർമ്മങ്ങൾ ഞാൻ ചെയ്തു എന്നെയും എൻ്റെ സഹചരെയും അതുപോലെ എൻ്റെ ദേശത്തെയും സർവോപരി ലോകത്തെയും അനുഗ്രഹിക്കാൻ പോകുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തോ ഒന്നുമില്ല എങ്കിലോ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഞാൻ ചെയ്തതിനെ സ്മരിക്കാൻ ഓർക്കുമ്പോൾ രണ്ട് വൃക്ഷം എവിടെയെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ ധന്യരാകും നമ്മുടെ ജീവിതം അത് മാത്രം മതി അതുകൊണ്ട് ഈ വൃക്ഷം നടാൻ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് ദശപുത്രോ സമ ഏക വൃക്ഷ എന്നവർ പറഞ്ഞത് അതിനാണ് പത്ത് പുത്രന്മാർക്ക് സമമാണ് ഒരു വൃക്ഷം ഇത് ചെയ്തതിനെ സ്മരിക്കാൻ പറയുമ്പോൾ വെട്ടി തെളിയിച്ചത് ആ ഓർമ്മ പലപ്പോഴും നമ്മളൊക്കെ ഒരു എന്താ പല കേസുകളും ഉണ്ടല്ലോ കോടതിയിലൊക്കെ ആ വീട്ടിലെ മാവിന്റെ കൊമ്പ് ഈ വീട്ടിലേക്ക് നിന്നു എന്നിട്ട് അവിടുത്തെ ഇല മുഴുവൻ നമ്മുടെ മുറ്റത്ത് വീണിട്ട് ദീവാസ് എനിക്ക് ഇത് തന്നെ പണി അടിച്ചു വാര് അടിച്ചു വാര അടിച്ചു വാര എടോ വിടി അത് തരുന്ന പ്രാണൻ നിനക്കറിയോ എത്രയാണ് അതിൻ്റെ വില നിനക്കറിയോ ഒരു ദിവസം ഐ സിയുവിൽ കയറ്റി എന്നിട്ട് ഡോക്ടർ ബില്ലു കൊടുത്തു ഓക്സിജൻ സിലിണ്ടറിന് അറുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് മനസ്സിലായത് വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്മി എന്ന് ഓക്സിജൻ കൃത്രിമമായിട്ട് ഓക്സിജൻ കൊടുത്തതിന് ഒരു സംഖ്യ കൊടുത്തപ്പം അവൻ ആലോചിച്ചു എത്ര വർഷം ഞാൻ ഇവിടുന്ന് ശ്വസിച്ചു എന്ന് ഇതിൻ്റെയൊക്കെ വില നിശ്ചയിച്ചു കഴിഞ്ഞാലോ ഒരു അടുത്ത വീട്ടിലെ ഒരു പ്ലാവിൻ്റെ കൊമ്പ് അല്ലെങ്കിൽ ഒരു മാവിൻ്റെ കൊമ്പ് കൊമ്പ് നമ്മുടെ അടുത്തേക്ക് വന്ന ഒട്ടന കേസാണ് അതിപ്പോ അവരുമായിട്ട് എന്തെങ്കിലും ചെറിയൊരടക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ നമ്മുടെയൊക്കെ ബുദ്ധി എന്ത് ബുദ്ധിയാണ് നമുക്കൊക്കെ ഉള്ളത് വൃക്ഷത്തിൽ അത് വൃക്ഷത്തിൻ്റെ ഉടമ ആരാണ് വാസ്തവത്തിൽ അതിൻ്റെ ഉടമ ആരാണ് ആ അഞ്ച് സെൻ്റ് ആധാരം വെച്ചിരിക്കുന്നവനല്ല അതിൻ്റെ ഉടമ ഓരോ വൃക്ഷങ്ങൾ ഒരു വൃക്ഷം മുറിക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും ഒന്നിനെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കൂ പലപ്പോഴും നമ്മൾ വൃക്ഷങ്ങളെ തന്നെ പറയാറുണ്ട് അത് പടുമരാണെന്ന് തലമണ്ട പടുവായതുകൊണ്ട് അങ്ങനെ പറയണതാ തലമണ്ടയ്ക്കകത്ത് ഒന്നുമില്ല അതുകൊണ്ട് കാരണം നമുക്ക് ആകെ വേണ്ടത് അതിൽ നിന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടണം അല്ലെങ്കിൽ അതിനെ മുറിച്ച് ഈ എന്താ പറയുക പണിത്തരാക്കാൻ പറ്റണം എന്നാ അത് തലക്കേടില്ല എന്ന് പറയാം തേക്കൊക്കെ ഇവിടെ നിലകൊള്ളുന്നത് പണിത്തരത്തിന് പറ്റുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെയൊക്കെ എന്നോ മുറിച്ച് മാറ്റി ഉണ്ടാവും ഈ ആല് നല്ല കാലത്തിന് രക്ഷപ്പെട്ടത് അമ്പലമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരാളും ഇവിടെ ഉണ്ടാവില്ല കാരണം അതിൽ നിന്നൊന്നും കിട്ടാനില്ലേ അത് ഫർണിച്ചറിന് പറ്റില്ല തടിയാക്കിയ കത്തില്ല അത് മര്യാദയ്ക്ക് പിന്നെ അതിൽ നിന്ന് പഴങ്ങളോ ഇത്യാദി പൂക്കളോ ഒന്നും കിട്ടാനില്ല പണ്ടുള്ളവർ വളരെ ആലോചനാപൂർവം ചെയ്തതാണ് എന്നാൽ ഇവിടെയെങ്കിലും ഒരുക്കട്ടെ എന്നാലെങ്കിലും അത് നില നിൽക്കുമല്ലോ കുറച്ചെങ്കിലും കാരണം ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു വൃക്ഷമാണത് പ്രാണവായു ഒരു മരം മുറിച്ച് മാറ്റാൻ പറയുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കാറുണ്ടോ യോഗ കർമ്മസു കൗശലം കർമ്മങ്ങളിലെ കുശലതയാണ് കൗശലം തുടർന്ന് കർമ്മജം ബുദ്ധിയുക്ത ജന്മബന്ധുക്തം ഗ്യനാമയം ഭഗവാൻ പറയണോ ഹി എന്തുകൊണ്ടെന്നാൽ ബുദ്ധിയുക്താ ബുദ്ധിയുക്താഹ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുക്തന്മാര് സമബുദ്ധിയുള്ളവർ കർമ്മജം കർമ്മജം ജായതെ കർമ്മത്തിൽ നിന്നുണ്ടാകുന്നത് കർമ്മണാ ജായതെ കർമ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നത് കർമ്മത്തിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാം കർമ്മത്തിൽ നിന്നാണ് കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം ആദ്യ ശക്തിസ്പന്ദനം മുതൽ പ്രാണസ്പന്ദനം മുതൽ എല്ലാം ചലനമാണ് കർമ്മത്തിൽ നിന്നാണ് ഈ കർമ്മയോഗത്തിൽ വരുന്നുണ്ട് അത് ഇതിൻ്റെ വിസ്താരമാണ് കർമ്മയോഗം അതുകൊണ്ട് ഭഗവാൻ രണ്ടാം അധ്യായത്തിൽ തന്നെ കർമ്മയോഗം ആരംഭിക്കുകയാണ് അപ്പൊ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലം ഫലത്തെ തെക്വ ഉപേക്ഷിച്ചിട്ട് ഇവിടെ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ത്യജിച്ച് എന്ന് പറയുമ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങളെ തെറ്റിദ്ധരിക്കും എന്ന് സ്വാമി കരുതുന്നില്ല കാരണം ശമ്പളത്തെ ഉപേക്ഷിച്ച് എന്നല്ല ഒരു കർമ്മത്തിൽ തന്നെ മുൻ മുൻപിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും കർമ്മത്തിൽ തന്നെ ഫലമുണ്ട് അത് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞ കാര്യം മനസ്സിലാവും ഇപ്പൊ ഒരു ഫുട്ബോൾ ടീമും ഈ ഫുട്ബോൾ ടീമിൽ ഒരാൾ ഗോളടിച്ചു കഴിഞ്ഞാൽ അതിൽ ഓരോരുത്തരും ഗോളടിച്ചതുപോലെയല്ലേ ഒരു ഗോളും അടിക്കാത്തവനും കളിക്കുന്നതിലൂടെ ഒരു ആനന്ദമുണ്ട് ആ കളിയിൽ അത് തോറ്റവർക്കും ഉണ്ട് അത് തോറ്റവർക്കും ജയിച്ചവർക്കും കാണുന്നവർക്കും ഒക്കെ അതുപോലെ അതിനെ ആനന്ദമയമാക്കി മാറ്റണം എന്ന് പറയുക അതുകൊണ്ട് എന്ത് വേണം അതിലെ സംഘം അങ്ങോട്ട് ഉപേക്ഷിക്കണം കർമ്മജം ഫലം തെക്കുക കർമ്മജത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഫലത്തെ ത്യജിച്ചിട്ട് ആ സങ്കല്പത്തിൽ നിന്നുണ്ടായിട്ടുള്ളതിനെ ത്യജിച്ചിട്ട് മനീഷിണഹ മനീഷിണഹ മനസ്സഹ ഈഷ്ടത ഇതി മനീഷി മനസ്സിനെ മനസ്സിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുള്ള ആളുകൾ ജ്ഞാനികള് കാരണം അവർക്കറിയാം മനസ്സാണ് സങ്കൽ ഈ എന്താ പറയുക സങ്കല്പവികല്പങ്ങൾ കാമനകൾക്ക് അധിഷ്ഠാനം എന്ന് മനസ്സിലാണ് ഇത് രൂപം കൊള്ളുന്നത് ആ കർമ്മഫലം മനസ്സിൽ രൂപപ്പെട്ട് അതുമായിട്ട് അങ്ങനെ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു മനീഷികൾ എന്ന് പറഞ്ഞാൽ അതിനെ അറിഞ്ഞവർ അതിനെ ജയിച്ചവര് ജന്മബന്ധ വിനിർമുക്താഹ അപ്പൊ ജന്മബന്ധങ്ങളിൽ നിന്ന് വേർപെട്ടവരായി അപ്പൊ ജന്മം ഉണ്ടാകുന്നത് എങ്ങനെയാ കർമ്മത്തിൽ നിന്നാണെന്ന ഇപ്പം നോക്കാം നമുക്ക് ഇപ്പൊ നമ്മളൊരു കർമ്മം ചെയ്യുന്നു ആ കർമ്മത്തോട് കർമ്മത്തിന് ഫലമുണ്ടാവുന്നു അപ്പം നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം കർമ്മം പ്ലസ് കർമ്മഫലം ആ കർമ്മഫലത്തോട് നാം പ്രതികരിക്കുന്നു അപ്പം കർമ്മം പ്ലസ് കർമ്മഫലം പ്ലസ് പ്രതികരണം ആ പ്രതികരണം നമ്മുടെ ഉള്ളിൽ വീഴ്ത്തുന്ന ചില ഭാവങ്ങളുണ്ട് അതൊന്ന് അനുകൂലം മറ്റൊന്ന് പ്രതികൂലം ഇങ്ങനെ കർമ്മഫലത്തോട് നാം അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കുന്നതിനെയാണ് വാസനകൾ എന്ന് പറയാം ഈ എഴുത്തുന്ന പാടുകൾ ഈ പാടുകളാണ് ജന്മത്തിന് ഹേതുവാകുന്നതെന്ന് ശാസ്ത്രം പറയും അതിനെയാണ് ചിത്രഗുപ്തൻ ഡയറി എഴുതുന്നു എന്ന് പുരാണത്തിൽ പറയും ചിത്രഗുപ്തനാണ് അത്ര ഡയറി എഴുതിയിട്ട് ഭഗവാന് കാണിച്ചു കൊടുക്കുക ഇവൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞാൽ ഗുപ്ത രൂപത്തിൽ ചിത്രം വരയ്ക്കുന്നവൻ ഗുപ്തം എന്ന് പറഞ്ഞാൽ ഗുഹ്യം രഹസ്യം ചിത്രം എന്ന് പറഞ്ഞാൽ വരാം ആരാണത്ര ചിത്രഗുപ്തൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നാം ഒരു ഐസ്ക്രീം കഴിച്ചു അതിനോട് നമ്മൾ പ്രതികരിച്ചു തരക്കേടില്ല എന്ന് അപ്പൊ തരക്കേടില്ല എന്ന പ്രതികരണം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നതാണ് വാസന അടുത്തത് കാണുമ്പോൾ നമുക്ക് വേണം എന്നായി പിന്നെ ഇത് നമ്മുടെ സഹജമായ ഒരു സ്വഭാവമായി ഇത് വേണം വേണം വേണം എന്ന് അപ്പൊ ഇത് ആ കർമ്മത്തിൻ്റെ ഫലം അതിനോട് നാം പ്രതികരിക്കുന്നു ഇതുപോലെയാണ് പ്രതികൂലമായിട്ടും പ്രതികരിക്കുന്നത് ഈ അനുകൂല പ്രതികൂല പ്രതികരണങ്ങൾ വീണ്ടും കർമ്മം ചെയ്യിക്കുന്നു അപ്പൊ കർമ്മം കർമ്മഫലം പ്രതികരണം വാസന ഇത് ജന്മത്തിന് ഹേതുവാകുന്നു അപ്പൊ ഇതിനെ ഈ ചക്രത്തെ പൊളിക്കണമെങ്കിൽ ഈ വാസനയെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ എന്ത് വേണം ഈ ഇത് ഇവിടെ ഉണ്ടാകാൻ തന്നെ പാടില്ലെങ്കിൽ ഇത് ജന്മബന്ധ വിനിർമുക്ത എന്ന് പറയുമ്പം ഇതിനെ ഇല്ലാതെ ആക്കണമെങ്കിൽ ഫലം തീർത്തുക ഫലത്തെ ഉപേക്ഷിക്കണം പറയുന്നു അനാമയം അനാമയം എന്ന് പറഞ്ഞാൽ ദുഃഖരഹിതമായിട്ടുള്ള പദം ഗച്ഛന്തി പ്രാപിക്കുന്നു വൈകുണ്ടപ്രാപ്തി വൈകുണ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു അങ്ങനെ ഒരു ഗരുഡന്റെ പുറത്ത് നമ്മളെ വെച്ചിങ്ങനെ പോകുന്ന ഒരു സ്ഥലം എന്നൊക്കെ കാണും നിങ്ങൾ ടി വിയിലൊക്കെ കണ്ട് കണ്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ദിവസം അങ്ങനെ വരും നമുക്ക് വിമാനം വിമാനം പേര് തന്നെ നോക്കും നല്ല രസമാണ് വികതഹ മാനം യസ്യഭാവ വിമാനം വിമാനം വരിക പറഞ്ഞാൽ മാനം പോവലാണ് വിമാനം വരരുത് എവിടേക്കാണ് പോക്ക് വൈകുണ്ടം വികതാഹ കുണ്ടാഹ തസ്യഭാവ വൈകുണ്ഠം കുണ്ടം നൂറിന തടസ്സം വിഗതം നൂറണ പോയത് പോയാൽ ഇത് തന്നെ വൈകുണ്ടം പേരിന് വൈകുണ്ടെന്ന പേര് വൈകുണ്ടെന്ന പക്ഷേ അടിയാണ് അവിടെ നിരന്തര ചില വീട്ടുപേരൊക്കെ കണ്ടാൽ നമുക്ക് എന്തൊരു സന്തോഷം തോന്നുമെന്നറിയോ പക്ഷേ അതിനകത്തിരിക്കുന്നത് മുഴുവൻ അസുരഗണങ്ങളാണ് ദേവ എന്താ പേരുകളൊക്കെ അങ്ങനെയാണ് പറയും മഹാത്മാക്കളൊക്കെ എന്തിനാണ് അത്ര നമ്മുടെ പേരുകൾ തന്നെ ഇങ്ങനെയാവണം എന്ന് പറയുന്നത് പേരായി തീർന്നാൽ രക്ഷപ്പെട്ടു എന്നാ ഇപ്പൊ വീടിന്റെ പേര് പ്രശാന്തി നിലയം ശരി എടാ നമ്മുടെ മക്കളെ നമ്മുടെ വീടിന്റെ പേര് തന്നെ പ്രശാന്തി നിലയല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഓർത്തിട്ടെങ്കിലും ശാന്തമായിട്ടിരിക്കാം അമ്മയുടെ പേര് സുഭാഷിണീന അമ്മേ പേര് തന്നെ സുഭാഷിണീന്നല്ലേ നല്ല വർത്തമാനം പറഞ്ഞുകൂടെ സുഹാസിനീന്ന ഒന്ന് ചിരിച്ചുകൂടെ എപ്പോഴും ഇങ്ങനെ എന്തിനാ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത് പേരൊക്കെ അങ്ങനെയുണ്ട് ചന്ദ്രചൂടനും എല്ലാ പേരുകളും ഗംഭീരാണ് ഇപ്പൊ സ്വാമി ഇനി അത് പറയാൻ പോയാൽ നിഘണ്ടും എടുത്ത് വെക്കേണ്ടി വരും പേരായി തീർന്നാൽ രക്ഷപ്പെട്ടു അപ്പം അനാമയം പദം ഗച്ചി ദുഃഖം അതുകൊണ്ടാണ് ഓം ശാന്തി ശാന്തി ശാന്തി മൂന്ന് ശാന്തി മൂന്ന് ദുഃഖങ്ങളാണ് മൂന്ന് ദുഃഖങ്ങൾ എന്തൊക്കെയാ ആദി ദൈവികം ആദി ഭൗതികം ആധ്യാത്മികം ത്രിവിധ ദുഃഖങ്ങൾ മൂന്നേ ഉള്ളു ദുഃഖങ്ങൾ ഓ അല്ല സ്വാമി ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഇല്ല നിങ്ങളുടെ ദുഃഖത്തെ ഈ മൂന്നിലേതിലെങ്കിലും പെടുത്താം ഇത് മൂന്നും തീർക്കാനാണ് അത്ര മൂന്ന് ശാന്തിമന്ത്രം ചൊല്ലുന്നത് അത് മൂന്ന് ക്രമത്തിലാണ് ഓം ശാന്തി ആദ്യത്തേത് ആദി ദൈവികമായ പ്രകൃതിയെ അതായത് ഇതൊന്നും എന്നല്ല ശ്രദ്ധിക്കുക ഇങ്ങനെ പ്രകൃതിയിൽ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദുരന്തം ദുരന്തം എന്നൊന്നും പറയാൻ പറ്റില്ല പ്രകൃതി പ്രകൃതി എല്ലാം അതിന്റെ താളത്തിന് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ വികലമായ കാഴ്ചയിലാണ് നമുക്കത് ദുരന്തമായി തോന്നുന്നത് പ്രകൃതിയെ സംബന്ധിച്ച് അതൊക്കെ ഒരു ക്ലീനിങ് ആണ് ക്ലീനിങ് പ്രോസസ്സാണ് ആദ്യ ഭൗതികമായിട്ടുള്ളതിന് ഓം ശാന്തി അടുത്ത ക്രമത്തിൽ ഓം ശാന്തി അവസാനം തൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ മൂന്ന് ദുഃഖങ്ങളും ഉണ്ടാകാതെ ഇരിക്കണം എന്നല്ല ഇതിനെയൊക്കെ അതിജീവിച്ച് ഇതിൻ്റെ മുകളിൽ നിലകൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എന്നെ ഉയർത്തണം എന്നാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നെ സംബന്ധിച്ച് ഇതൊന്നും എന്റെ മനസ്സിനെ അശാന്തമാക്കാൻ പോകുന്നതല്ല അതാണ് മൂന്ന് ശാന്തി ത്രിവിധ ശാന്തികൾ എന്ന് പറഞ്ഞാൽ അല്ലാതെ ആരോ ചോദിച്ചു ഈ മൂന്ന് ശാന്തി എന്ന് പറഞ്ഞാൽ മേൽശാന്തി കീഴ്ശാന്തി പുട്ടുശാന്തി വലിയ ശാന്തി ഉണ്ട് മേൽശാന്തി പിന്നെ അതിൻ്റെ താഴെയുള്ള കീഴ്ശാന്തി വല്ലപ്പോഴും വന്നു പൂജയിന്ന് അവർ മൂന്ന് പേരും സുഖമായിട്ടിരിക്കാനാണോ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള നിലയ്ക്ക് അവരും സുഖമായിട്ടിരിക്കണം ത്രിവിധ ദുഃഖങ്ങളെയും തരണം ചെയ്യുന്ന അനാമയം പദം ഗച്ഛന്തി ആ വൈകുണ്ടപ്രാപ്തി എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളെല്ലാം നീങ്ങി ഒരു വിധത്തിലുള്ള അശാന്തിയും ഇല്ലാതെ നിലകൊള്ളണം എങ്കിൽ നീ ഇതിനെ എന്താ സ്വീകരിച്ചേ മതിയാവൂ അർജുന ഭഗവാൻ പറയുന്നു യോഗ കർമ്മസു കൗശലം എന്താണ് കർമ്മങ്ങളിലെ കുശലതയാണ് യോഗം മനസ്സിൻ്റെ സമത്വം എന്നാണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയാം ആ മനസ്സിന്റെ സമത്വത്തോടുകൂടി ഇരിക്കുന്ന ആ സമഭാവത്തെ കൈവരിച്ച മനസ്സ് ചെയ്യുന്ന പ്രവൃത്തി അതിൽ സന്തോഷമായിരിക്കുമെന്ന് പറയാം ലബനോന്റെ പ്രിയപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന കലീൽ ജിബ്രാൻ അദ്ദേഹം പറയും അതായത് ഒരു പ്രവൃത്തി ചെയ്യുമ്പം സന്തോഷത്തോടുകൂടിയിട്ട് അങ്ങേയറ്റം താത്പര്യത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ആ പരിപാടി നിർത്തുക ഉം അദ്ദേഹം പറയുന്ന പ്രവൃത്തി ചെയ്യാതിരിക്കുക എന്നിട്ടോ ചെല്ല വയലിൽ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അധ്വാനിക്കുന്നവരുടെ അധ്വാനിക്കുന്നവരുടെ മുൻപിൽ പോയിട്ട് കൈ നീട്ടുക വല്ലതും തരണേന്ന് പറഞ്ഞിട്ട് ഭിക്ഷ എടുക്കുക എന്ന് പറയാം അതാണ് ഇതിലും ഏറ്റവും എന്താ പറയുക അനുയോജ്യമായിട്ടുള്ളത് അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ആയിരിക്കട്ടെ നിങ്ങളുടെ കർമ്മങ്ങൾ കർമ്മത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതാണ് ഭഗവാനും പറയുന്നത് ഇത് തന്നെയാണ് കർമ്മ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമുക്കതിൽ സന്തോഷമുണ്ടോ ചെയ്യാൻ അതിൽ നിന്ന് ഉത്സാഹം വീണ്ടും ചെയ്യാനൊരു പ്രചോദനം കിട്ടുന്നുണ്ടോ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്കത് ആളുകൾ കർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ ഏത് കർമ്മവും അവർ ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ അറിയാം ഒരു ചൂലെടുത്ത് അടിച്ചു വാരുന്നത് കണ്ടാൽ അറിയാം ചില അമ്മമാരൊക്കെ മുറ്റം അടിച്ചു വാരുന്നത് എന്ത് രസാന്നറിയോ ആ മുറ്റം അടിച്ചിട്ട് കഴിഞ്ഞാൽ ചവിട്ടാൻ തോന്നില്ല കാരണം ആ ഈർക്കിലും അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ചിത്രമൊക്കെ വരച്ചുകൊണ്ട് അതങ്ങനെ ചെയ്യും ചിലത് അടിക്കുന്നതും കാണാം പോകുന്നതും കാണാം എല്ലാറ്റിലും ഉണ്ട് അത് കാരണം ആ കർമ്മം ചെയ്യുന്നതിൽ അവർക്കൊരു ഒരു താളമുണ്ട് അതിനൊരു ലയമുണ്ട് അതുമായിട്ട് ഇഴുകിച്ചേരുന്നു എന്ന് പറയാം കരചരണങ്ങൾ എവിടെയാണോ മനസ്സും ബുദ്ധിയും അവിടെ അങ്ങനെ ഇഴുകിച്ചേർന്ന് നിൽക്കുക ആ എഴുകിച്ചേരലിനെയാണ് കുശലത എന്ന് പറയുന്നത് ഇപ്പൊ കർമ്മത്തിലെ കുശലതയുടെ എങ്ങനെയപ്പോ ഞാനൊരു കർമ്മം ചെയ്യുന്നതിൽ എനിക്കെന്താണ് അതിൻ്റെ ഫലത്തെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് അറിയുന്നത് ഇതാണതിന് നിർദ്ദേശിക്കാനുള്ളത് നമുക്കത് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ടോ ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കൂ എന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ നോക്കുക റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ പോയിട്ട് വല്ലതും തരണേന്ന് പറഞ്ഞ് നോക്കുക അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് കാരണം സന്തോഷമായിട്ട് ചെയ്തിട്ടുള്ളവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും മേടിക്കുമ്പം നല്ലതാണ് സന്തോഷമില്ലാതെ ഇങ്ങനെ ഭുചിക്കരുതെന്നാണ് നാടൻ ഭാഷയിൽ പറയില്ലേ ആർക്കാനും വേണ്ടി അങ്ങനെയാവരുത് അതുകൊണ്ട് കർമ്മസു കൗശലം യോഗ യോഗ കർമ്മങ്ങളിലെ കുശലതയാണ് യോഗമെന്ന് ഭഗവാൻ പറയുന്നത് തുടർന്നു ഇതുവരെയാണ് നമ്മൾ ആ തുടർന്ന് ഭഗവാൻ പറഞ്ഞു കർമ്മജം ഫലം ത്യക്ത്വ മണീഷിണ ബുദ്ധിയുക്താഹ ബുദ്ധിയുക്തന്മാരായിട്ടുള്ളവർ എന്ത് ചെയ്യുന്നു കർമ്മജം ഫലം ത്യക്വ കർമ്മത്തിൽ നിന്ന് ഇന്നത് കിട്ടണം എന്നതിനെ പൂർണ്ണമായി പരിത്യജിച്ച് അങ്ങനെയുള്ളവരെയാണ് മനീഷിണ എന്ന് പറയുന്നത് ജ്ഞാനികൾ നമുക്കും ആയി തീരാവുന്നതാ ഇത് അവരെന്ത് ചെയ്യുന്നു ജന്മബന്ധ വിനിർമുക്ത അനാമയം പദം ഗജാന്തി ജനിമൃതികൾക്കപ്പുറത്തുള്ള അമൃതത്വത്തെ ആ സത്യത്തെ അവർ സാക്ഷാത്കരിക്കുന്നു അതിനെ പ്രാപിക്കുന്നു ഇപ്പൊ സത്യസാക്ഷാത്കാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് ജി എന്താ മരണാനന്തര ബഹുമതിയല്ല ഇവിടെ ഇപ്പോൾ കർമ്മത്തിലൂടെ അല്ലെങ്കിൽ നിസ്സംഗമായി നിന്നുകൊണ്ട് കൈവരിക്കാവുന്നത് ആത്മാ ഈ കർമ്മത്തിലൂടെ തന്നെ ആത്മാന്വേഷണം സാധ്യമാണെന്ന് എങ്ങനെയുള്ള ഈ എന്താ ബുദ്ധ ശരണം അന്വേഷിച്ച എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഓർമ്മ വേണം അതിൽ നിന്നുകൊണ്ട് ഭഗവാൻ പറയുന്നു അവര് ആ പദത്തെ പ്രാപിക്കുന്നു തുടർന്ന് ഭഗവാൻ ആ സമബുദ്ധിയുടെ പ്രയോജനത്തെ ഇവിടെ സ്കുന്നു എന്ന് പറയാം യേ മോഹകലിം ബുദ്ധിമുട്ടേദം താ ഗന്ധാസിേദം ശ്രോതവ്യുത തേ ബുദ്ധിഹി തേ എന്ന് പറഞ്ഞാൽ അല്ലയോ അർജുന നിന്റെ ബുദ്ധിഹി നിന്റെ ബുദ്ധി യഥാ മോഹകലിലം യഥാ എപ്പോഴാണോ മോഹകലിലം മോഹകലിലം എന്ന് പറഞ്ഞാൽ അജ്ഞാന കാലുഷ്യത്താൽ ആവൃതമാക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യതിതരിഷ്യതി അതിൽ നിന്ന് കടന്നു എപ്പോഴാണോ അങ്ങനെ കടക്കുന്നത് മോഹത്തെ അതിജീവിക്കുന്നത് തഥ ആ സമയത്ത് നിന്നിൽ എന്തുണ്ടാവുന്നറിയോ ശ്രോതവ്യസ്യ ശ്രുതസ്യച ശ്രോതവ്യസ്യ എന്ന് പറഞ്ഞാൽ കേൾക്കപ്പെടേണ്ടതിൻ്റെ ശ്രുതസ്യ ച കേൾക്കപ്പെട്ടതിൻ്റെ കേൾക്കപ്പെടേണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും അപ്പൊ യാതൊന്നാണോ കേൾക്കേണ്ടത് യാതൊന്നാണോ കേട്ടത് കേട്ടതിൻ്റെയും ആ കേട്ടതിൽ നിന്ന് നിനക്ക് എന്തുണ്ടാവും നിർവേദം ഗന്ധ നിർവേദത്തെ നിർവേദം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം എന്നാണ് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ വൈരാഗ്യമല്ല മലയാളത്തിൽ എനിക്ക് അവനോട് വൈരാഗ്യമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവനോട് ശത്രുത ഉണ്ട് എന്നാണ് ഇവിടെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വികത രാഗ പോയിട്ടുള്ള രാഗം ഏതിൽ അനിത്യമായതിനോട് നിത്യമായതിൽ വിശേഷേണ രാഗ നല്ലവണ്ണം രാഗം നിത്യമായ വസ്തു ഒന്നാണ് ആ വസ്തുവിന് നേരെ മനോബുദ്ധികളെ വ്യാപരിപ്പിക്കുന്ന ഭാവത്തെ വൈരാഗ്യം എന്ന് പറയും നിത്യമായ വസ്തു ഒന്നാണ് ആ വസ്തുവിന് നേരെ മനോബുദ്ധികളെ വ്യാപരിപ്പിക്കുന്ന ഭാവത്തെ വൈരാഗ്യം എന്ന് പറയും അപ്പൊ നീ വൈരാഗ്യത്തെ പ്രാപിക്കും എന്ന് പറയാ അപ്പൊ എന്തിലൊക്കെ വൈരാഗ്യം വേണം നമ്മൾ പറഞ്ഞു പുത്രൻ ധനം മിത്രം ഇത്യാദികളിലൊക്കെ നമുക്ക് എന്തുണ്ട് രാഗമുണ്ട് അതിലൊക്കെ വിരക്തി വേണം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും മുല്ലാം നസൃതിയും അദ്ദേഹവും ഭാര്യയും കൂടെ ഒരു ദിവസം അവരങ്ങനെ കിടന്നോർ കിടക്കുക രാത്രി അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ധനമൊന്നുമില്ല അപ്പോൾ വലിയൊരു ഈ പത്തായം എന്ന് പറയില്ലേ നമ്മളെ പെട്ടി അങ്ങനത്തെ വലിയ പെട്ടിയുടെ മുകളാണ് കിടക്കുന്നത് കിടക്കിയൊന്നുമില്ല അതിൻ്റെ മുള്ള അപ്പൊ നല്ല ഉയരമുണ്ട് അതിൻ്റെ മുള്ളിൽ വലിയ ഒരുപാട് സ്ഥലമൊന്നുമില്ല ഈ ഡബിൾ കോട്ട് കട്ടിലിൻ്റെ വീതി ഒന്നുമില്ല ആ പരിമിതമായ സൗകര്യത്തിൽ അവരങ്ങനെ കിടക്കണം അപ്പൊ മുല്ലയുടെ ഭാര്യ ചോദിച്ചു നോക്കൂ നമുക്കൊരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ എവിടെയാ കിടക്കുക സ്ഥലം പോലുമില്ലല്ലോ നമുക്ക് അപ്പോൾ മുല്ല പറഞ്ഞു ഇതാ ഇവിടെ കിടത്താം നിങ്ങളൊന്ന് കുറച്ച് നീങ്ങി കിടക്കൂ നിങ്ങളിങ്ങനെ കിടന്നാലോ അവരങ്ങനെ സങ്കൽപ്പിച്ചു ഒരു കുട്ടി ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ അവനെങ്ങനെ കിടക്കും അപ്പൊ അങ്ങനെ കുറച്ച് നീങ്ങി കുട്ടിക്ക് വേണ്ട സ്ഥലം കൊടുത്തു എന്നാ പിന്നെയും മുല്ലയുടെ ഭാര്യ ചോദിച്ചു ഒരു കുട്ടിയും കൂടെയാണെങ്കിൽ ആ രണ്ടു കുട്ടിയെ ആ കുറച്ചുകൂടെ നീങ്ങിയപ്പോ രണ്ട് കുട്ടിയൊക്കെ ആയു ഒന്നുകൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറയലും മുല്ല താഴെ പഠ കുറച്ച് ഹൈറ്റ് എന്നാണ് വീണത് കഥ പറയുന്നത് മുല്ലയുടെ കാലൊടിഞ്ഞു എന്നാ ചെറുതായിട്ട് വീണാൽ മതിയല്ലോ കാലോ കയ്യോ ഓടിയാൻ മുല്ലയ്ക്ക് അവിടുന്ന് വൈരാഗ്യം ഉണ്ടായി മുല്ല ചിന്തിച്ചു ജനിക്കാത്ത കുട്ടി എന്റെ കാലൊടിച്ചു ജനിച്ചാൽ എന്താവും സ്ഥിതി അവൻ ജനിച്ചിട്ടില്ല അതിനു മുമ്പേ എന്റെ കാലൊടിഞ്ഞു അതുകൊണ്ട് കുട്ടികളെ വേണ്ട തമാശയാണെങ്കിലും കാര്യങ്ങൾ വിചാരം ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടും ചില ചില സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവുന്നുണ്ടല്ലോ എങ്ങനെ ഞാൻ അതിനെ അതിജീവിക്കും അതിക്രമിക്കും വിചാരം ചെയ്യണം വിചാരത്തിൻ്റെ കുറവാണ് ഒരു പദാർത്ഥവും നമ്മളെ പിടിച്ചു വലിക്കുന്നില്ല അങ്ങോട്ടേക്ക് അത് ഭക്ഷണ പദാർത്ഥങ്ങളാവട്ടെ എന്തോ ആവട്ടെ ഒന്നും തന്നെ നമ്മളെ ഹടാതെ ആകർഷിക്കുന്നില്ല നാമാണ് അതിൽ താല്പര്യം കാണുന്നത് അതിനെ അതിജീവിക്കണമെങ്കിൽ വിചാരം കൊണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയാം അപ്പം നിർവേദം ആപത്തിയ വൈരാഗ്യത്തെ പ്രാപിക്കണം വൈരാഗ്യം ഒന്ന് മാത്രമേ അഭയമായിട്ട് പറയുന്നുള്ളൂ വളരെ ഭർത്തൃഹരിയുടെ നീതിശതകത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് ഭർതൃഹരി പറയുന്നു എന്തിനോടൊക്കെ നമുക്ക് ഭയമുണ്ട് ഭയത്തെ അതിജീവിക്കാൻ എന്താണ് വേണ്ടത് പറയുന്നു വൈരാഗ്യമേവാഭയം വൈരാഗ്യം ഒന്നു മാത്രമേ അഭയത്തിന് ഹേതുവായിട്ട് തീരു എന്ന ഇപ്പൊ എവിടെയൊക്കെ ഭയമുണ്ട് അദ്ദേഹം ഭർതൃഹരി കുറെ എന്താ സങ്കേതങ്ങൾ കാണിച്ചു തരുന്നു നമുക്ക് എന്തിലൊക്കെ ഭയമുണ്ട് എന്ന് പറയണു ഭോഗേ രോഗഭയം ഒന്നാമത്തെ ഭയം എന്താണ് ഭോഗേ രോഗഭയം ഭോഗിക്ക് ഒരുപാട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആൾക്ക് പേടി എന്തിനെ പേടി രോഗത്തെ ഭയം ഭഗവാനെ എന്തൊക്കെ അസുഖമാണ് എനിക്ക് വരിക എന്നാലും ഈ ലഡുവും ഇതുമൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് പിഴുകിയിടും ഏതായാലും ഒരു ദിവസം മരിക്കും ഇനി ഇതങ്ങട്ട് കഴിച്ചിട്ട് മരിക്കുക എന്ന് പറയാം എത്ര ഇനിച്ചിട്ട മനുഷ്യന് ഇതൊക്കെ മധുരമൊക്കെ കഴിക്കാതിരിക്കുക അതുകൊണ്ട് ഈ ഷുഗർ സംബന്ധമായ ഈ ഷുഗറൊക്കെ ഉള്ളവർ അവർക്ക് വല്ലാത്ത ഭക്തിയായിരിക്കും ഭഗവാനോട്ട് പഞ്ചാരപ്പായസത്തിൽ അവർ കൃഷ്ണഭക്തി കൂടും ആൽപ്പായസത്തിലൊക്കെ അവർക്ക് ഭഗവാൻ എപ്പോഴും അത് എന്നിട്ട് അവരൊരു ഉപായം കണ്ടെത്തിയിട്ടുണ്ട് പ്രസാദല്ലേ ഭഗവത് പ്രസാദല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അറിയാം കുഴപ്പം കുഴപ്പം തന്നെയാണ് കാരണം പതിനഞ്ചാം അധ്യായം നിങ്ങൾ പഠിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഈശ്വരൻ എന്ന് അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ വൈശ്വാനരനായിട്ട് ഭവിച്ചിരിക്കുക എല്ലാവരുടെയും ആ സമയത്ത് നമുക്കത് വിസ്തരിക്കാം പതിനഞ്ചാം അധ്യായത്തിൽ പിന്നെ മറ്റ് പല അധ്യായത്തിലും ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം ഭോഗേ രോഗഭയം ഭോഗിക്ക് രോഗത്തെ ഭയമാണ് അങ്ങനെ അധികം ഭോഗങ്ങൾ അനുഭവിക്കുമ്പം പല ഭയം ഉണ്ടാകുന്നു പിന്നെയോ കുലേ ചുതിഭയം കുലം കുലത്തിൽ മഹിമയുള്ളവന് കുലത്തിൽ കുലത്തിന് നാശം സംഭവിക്കൂ എന്നൊരു പേടി അതായത് കുട്ടികൾ അന്യജാതിയിൽ പോയിട്ട് വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വല്ല പ്രേമത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ കുലത്തിന് എന്തൊരു ഉണ്ടായ ആ പേരും പ്രശസ്തിയുമൊക്കെ പോയിപ്പോവില്ലേ തറവാട് വെക്കേണ്ടി വരിക തറവാട് ജപ്തി ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ കുലത്തിൽ പിടിച്ചു നിൽക്കുന്നവർക്ക് കുലത്തിൻ്റെ ച്യുതിയിൽ ഒരു ഭയം കുലേ ചുതി ഭയം വിത്തേ നൃപാലാ ഭയം വിത്തമുള്ളവന് ധനമുള്ളവന് രാജാക്കന്മാരിൽ നിന്ന് ഭയം രാജാക്കന്മാരിൽ നിന്ന് പറഞ്ഞാൽ ഒരുപാട് ധനമുള്ളവന് ഇൻകം ടാക്സ് പോലുള്ള ആളുകളെയൊക്കെ ഭയം വീട്ടില് ഒരു കോളിങ് ബെല് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആരാ ഇത് വല്ല റെയ്ഡായിരിക്കുമോ അതുകൊണ്ട് ചെറുതായിട്ട് നോക്കാനുള്ള ദ്വാരങ്ങളൊക്കെ ഉണ്ട് ആദ്യം ഇങ്ങനെ നോക്കും ആര അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കോന്നു മകം പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇല്ല പറഞ്ഞു അപ്പൊ ആർക്കാണ് വിത്തേ നൃപാലാത് ഭയം വിത്തമുള്ളവർക്ക് ഇങ്ങനെയുള്ള ഭയം രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ അധികാരികളിൽ നിന്ന് ഭയം കുറച്ച് കാശ് അധികം വന്നു കഴിഞ്ഞാൽ കുറച്ച് കാശുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും പേടിയാ അവരത് ചോദിക്കോ ഇത് ചോദിക്കോ അമ്പലക്കാർ പിരിവിന് വരും ആ അവര് വരും ഇവർ വരും ധർമാശുപത്രി അത് ഇതെല്ലാവരും നമ്മളടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും നമുക്കൊരു പേടിയാ ഇവരെയൊക്കെ പിന്നെ ഇവരെയൊക്കെ പിണക്കാനും പേടിയാണ് അതുകൊണ്ട് നമുക്കെപ്പോഴും ഇവരെ ഭയമാണ് രാഷ്ട്രീയ പിരിവ് ആ പിരിവ് ഈ പിരിവ് മാനേ ദൈന്യഭയം മാനിക്ക് വലിയ അഭിമാനത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരാൾക്ക് ദൈന്യഭയം നാളെ ഞാൻ യാചിക്കേണ്ടി വരുമോ കുട്ടികളൊന്നും എന്നെ നോക്കാതെയാവുമോ കാരണം ഇതുവരെ ഞാൻ ഗംഭീരനായിട്ട് നടന്നു ഇപ്പം ത എനിക്ക് പെൻഷനും ഇല്ല ഒന്നുമില്ല നാളെ ആരോടൊക്കെ ഞാൻ കൈനീട്ടേണ്ടി വരും എന്നൊരു ഭയം ഉള്ളിൽ ആർക്കാണത് മാനേ ദൈന്യഭയം മാനിക്ക് ദീനതയിൽ ഒരു ഭയം ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോരുത്തർക്കല്ല ഇതെല്ലാം കൂടെ ഒരാൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് കുറച്ച് കുറച്ച് ആവും എനിക്കതില്ല ഇതില്ല ഇതെല്ലാം ചിലപ്പോൾ പറയും ഇതൊക്കെ എനിക്കുണ്ടല്ലോ ഓരോന്നും ഓരോന്നും അതെ എല്ലാം കൂടെ ചേരുമ്പം ഒരാളാണ് എന്തൊക്കെ ഭയമുണ്ട് പിന്നെ പറയുന്നു ബലേരിവു ഭയം ബലമുള്ളവന് ശത്രുക്കളെ ഭയം ഭയരിപോ ഭയമാണ് പലർക്കും ഇപ്പം അമേരിക്കയ്ക്ക് പലരും അവർ ശക്തിമാന്മാരാണെങ്കിലും അവർക്ക് ഭയമാണ് അല്ലേ അവരെ നടുക്കിക്കളഞ്ഞല്ലോ ചിലരൊക്കെ കൂടെ കുറഞ്ഞ സമയം കൊണ്ട് പിന്നെ ആന്ത്രാക്സ് പോലുള്ള വിപത്തുകൾ വന്നപ്പോൾ അവർക്ക് പേടിയാ കത്ത് തുറക്കാൻ പോലും നിങ്ങൾക്കറിയാം ഇല്ലേ ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ് എല്ലാവരെയും ഭയമാണ് പണ്ടൊക്കെ നോക്കൂ പണ്ടൊക്കെ ഇത്ര ഭയം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ ഒരു ശനീശ്വര ടെമ്പിളുണ്ട് മഹാരാഷ്ട്രയിൽ ബോംബെയിൽ അവിടെ ഒരു ഗ്രാമത്തിൽ ഇപ്പോഴും വാതിലുകളില്ല വീടുകൾ ഒരു പ്രത്യേക ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ വീടുകൾക്കൊന്നും വാതിലുകൾ ഇല്ല നമുക്കൊക്കെ കോമ്പൗണ്ട് വാള എത്ര ശക്തമാണില്ലേ ഇപ്പം നാട്ടുമ്പുറത്തേക്കൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മലബാറിൽ സ്വാമിക്ക് പരിചയമുണ്ട് ഉള്ളിയേരി ബാലുശ്ശേരി പേരാമ്പ്ര കൊയിലാണ്ടി എന്നൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയാൽ അവിടെയൊക്കെ ഒരാൾ നടന്നു പോകുന്നത് റോട്ടിൽ കൂടെ ഒന്നുമല്ല ഓരോരുത്തരുടെ പറമ്പിലൂടെയാണ് ചെറിയ ഇതൊക്കെയാണ് എന്നിട്ട് അവരവരുടെ പറമ്പിലൂടെ അങ്ങനെ നടന്ന അങ്ങോട്ട് പോകും അതിന് ചോദിക്കൊന്നുമില്ല ആരും ആരോടും ഇവിടെയൊക്കെ അങ്ങനെ നടന്നു പോയാലോ ഇല്ല ഗേറ്റ് തുറന്നിട്ട് ഇപ്പുറത്ത് കൂടെ പോയിട്ട് ഇവിടുന്ന് ചാടി അപ്പുറത്ത് കൂടെ പോയി ഒരിക്കലേ ചാടും അല്ലെ പേടിയാണ് ഒരാൾക്ക് തുറക്കാൻ തന്നെ മാറി ഇപ്പം നമ്മൾ ഭയ അങ്ങേയറ്റം ഭയമുള്ളവരാ എല്ലാവർക്കും എല്ലാവരെയും പേടിയാ ഇപ്പൊ ഭർത്തൃഹരി വളരെ പണ്ടേ പറഞ്ഞിരിക്കുന്നു ആരെയാ ബലേരിപു ഭയം ബലവാന് തന്നേക്കാൾ ബലമുള്ളവരെയൊക്കെ ഭയമാണ് ആരെങ്കിലുമൊക്കെ തന്നെ കീഴ്പ്പെടുത്തുമോ എന്ന് ൂപേ ജരായാഭയം രൂപേ നല്ല രൂപലാവണ്യൊക്കെ ഉള്ളവനാണ് ജരായാഭയം ഏ ജര കയറി തുടങ്ങിയല്ലോ നര കയറി ദേഹമൊക്കെ ചുക്കി ചുളിയാൻ തുടങ്ങി കുറേശ്ശൊക്കെ എന്തെങ്കിലുമൊക്കെ പെയിന്റൊക്കെ അടിച്ച് കുറേയൊക്കെ നിർത്താൻ നോക്കും നല്ലൊരു ഭയം ഇങ്ങനെ കുറേശെ കുറേശ്ശെ വന്നു തുടങ്ങി പറയാം രൂപേ ജരായാഭയം രൂപലാവണ്യം ഉള്ളവന് ജര മുതലായിട്ടുള്ളതിലൊക്കെ ഭയം ശാസ്ത്രേ വാദി ഭയം കുറച്ച് പാണ്ഡിത്യമൊക്കെ ഉള്ളവന് ഒരു സദസ്സിൽ പോയി നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നത് തന്നേക്കാൾ പാണ്ഡിത്യം ഉള്ളവരാണെങ്കിൽ താൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോവോ പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി അവരെന്തെങ്കിലുമൊക്കെ പറയോ ഇങ്ങനെയുള്ള ഭയം പണ്ഡിതന്മാർക്ക് മറ്റുള്ളവര് തന്നേക്കാൾ തൻ്റെതിനെ കുറച്ച് അതിനെ അധികരിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമോ എന്ന ഭയം ശാസ്ത്രേ വാദിഭയം അവരില് പരസ്പരം ഈ അക്ഷരശ്ലോക സാധസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാലോ അല്ലെ അവർക്കൊക്കെ ഈ ഭയമുണ്ട് അയാൾക്ക് എത്ര ശ്ലോകം അറിയാം ഇയാൾക്ക് എത്ര ശ്ലോകങ്ങൾ അറിയാം കായേ കൃതാന്താത് ഭയം ശരീരമുള്ളവന് മരണത്തിൽ ഭയം കായേ ശരീരത്തിൽ അഭിമാനിക്കുന്നവൻ എപ്പോഴുള്ള ഭയം എന്താണ് മരണഭയം എന്ന് പറയാം ഭർതൃഹരി അതിനെ സംഗ്രഹിക്കുന്നു സർവം വസ്തുഭയാൻവിതം ഭുവി നൃണാം ഏത് പ്രകാരത്തിൽ നോക്കിയാലും ഈ ഭൂമിയിൽ നരന് ഭയം വൈരാഗ്യമേവാഭയം ഇതിൽ വൈരാഗ്യമേവ അഭയം അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു എന്താ നിർവേദം ഗന്ധ അസി വൈരാഗ്യത്തെ നീ വൈരാഗ്യത്തെ പ്രാപിക്കും എപ്പോൾ എപ്പോഴാണോ കേട്ടത് യഥാ മോഹകലിലം എപ്പോൾ അജ്ഞാനമാകുന്ന കാുഷ്യം വ്യതിതരിഷ്യതി കടന്നു പോകും അതെപ്പോഴാണ് അതുകൊണ്ട് ഈ കേൾക്കുന്നതൊക്കെ എപ്പോഴാ ഗുണം ചെയ്യാന്നറിയോ ഈ കേൾക്കുന്നതൊക്കെ ഞങ്ങൾ വിചാരിക്കരുത് ഇത് വിചാരിക്കരുത് ഇതൊക്കെ വെറുതെയായി പോകുന്നു ഒരിക്കലും ഇല്ല ഇതൊക്കെ നമ്മെ അനുഗ്രഹിക്കും ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ഇതിങ്ങനെ തെളിഞ്ഞു വരും അപ്പോഴാണ് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഓ അപ്പം ഞാൻ ഇപ്പം പിന്മാറുന്നതാണോ ഉചിതം ആ ഒരു വിവേകപൂർവമുള്ള പിന്മാറ്റമുണ്ടല്ലോ അത് നിന്നിൽ സ്വാഭാവികമായി തീരുന്ന അതുകൊണ്ട് നിർവേദം ഗന്ധ അസൈ നീ ആ നിഷ്പ്രയോജന ബുദ്ധിയെ വൈരാഗ്യത്തെ നീ പ്രാപിക്കും അതിൻ്റെ നിസ്സാരത നിനക്ക് ബോധ്യമാകുമെന്ന് പറയാം അതെത്ര ഈ നിരർത്ഥകമായതിൻ്റെ പിറകെയാണല്ലോ ഞാൻ ഓടിയത് എന്ന് ഞാൻ മനസ്സിലാക്കും കുട്ടികളൊക്കെ ചില കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി അടികൂടി അടികൂടുന്ന സമയത്ത് നമ്മൾ പറയില്ലേ ഇപ്പോൾ എന്താ ഈ കുട്ടികളെ കൊണ്ട് ചെയ്യുക കളിപ്പാട്ടത്തിന് വേണ്ടി എന്തിനാണ് ഈ കുട്ടികളിങ്ങനെ അടികൂടുന്നത് നമ്മൾ അതിലും വലിയ അടികൂടലാണ് നടത്തുന്നത് നമുക്ക് വിവേക വിവേകം കിട്ടുന്ന സമയത്ത് നമുക്ക് ആ ഒരു നിസ്സാരത ബോധ്യമാവും എന്ന് പറയാം അതുകൊണ്ട് എന്ത് വേണം കേട്ടതും കേൾക്കപ്പെടേണ്ടതും നിന്നിൽ അനുഗ്രഹമാ അനുഗ്രഹമായി ഭവിക്കും ആ സമയത്ത് നിനക്ക് വൈരാഗ്യം സംഭവിക്കുന്നു തുടർന്ന് ഭഗവാൻ പറയുന്നു ശ്രുതി വിപ്രതിപന്നേ യഥാസ്ഥു സദാ യോഗമവാസിതിപന്നുദ്ധി എങ്ങനെയുള്ള ബുദ്ധി ശ്രുതിവിപ്രതിപന്ന ബുദ്ധി ഈ ധർമ്മ ഉപദേശങ്ങളിൽ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള വിഷയത്തിൽ ഭ്രമിക്കപ്പെട്ട ബുദ്ധി അതിൻ്റെ ഉടമയാണ് നീ ദുര്യോധന ഇതില്ല എന്ന് പറയാം ദുര്യോധന അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല നമ്മളത് ആദ്യം പറഞ്ഞുവല്ലോ ഇത് അർജുനന്റെ പ്രശ്നം അതായത് നമ്മുടെ പ്രശ്നമാണത് അങ്ങനെയുള്ള ബുദ്ധി യഥാസമാധവും ഇനി ഇതൊന്ന് ശ്രുതിയുടെ ആ ശ്രുതിയിലുള്ള താത്പര്യം അതിനെ കൂടുതൽ അറിയാനും മറ്റ് അതാണല്ലോ ഈ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള എന്താ പറയുക കീറി മുറിച്ചുള്ള പഠനം ഏത് ശരി ഏത് തെറ്റ് എന്നറിയാനുള്ള ആ ഒരു ജിജ്ഞാസ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ബുദ്ധി യഥാസമാധൗ എപ്പോഴാണോ സമാധിയിൽ ധ്യാന മണ്ഡലത്തിൽ ഭൂമികയിലേക്ക് അചല നിശ്ചല സ്ഥാസ അചല നിശ്ചല എപ്പോഴാണോ അത് അചലമാകുന്നത് നിശ്ചലമാകുന്നത് അതിന് ഇളക്കമില്ലാതെ സ്ഥിരമായി സ്ഥാസ്യതി എന്ന് പറഞ്ഞാല് അത് സ്ഥിതി ചെയ്യുന്നത് ആ സമയത്ത് തഥാ അപ്പോൾ ത്വം യോഗം അവാപ്സ്യസി നീ യോഗത്തെ പ്രാപിക്കും അപ്പം നിന്റെ ബുദ്ധി ഇളക്കമില്ലാത്തതായിട്ട് ഭഗവാൻ അതിന് ഉദാഹരണമൊക്കെ പറയുന്നുണ്ട് മുൻപിലേക്ക് കാറ്റത്തിളകാത്ത ദീപം പോലെ എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ ഈ അർജുനൻ എങ്ങനെ കൊണ്ടുവരുന്നത് ഈ യോഗത്തിലേക്കാണ് എന്ത് പറഞ്ഞാലും ഭഗവാൻ അവസാനം പറയാനുള്ളത് എന്താണ് യോഗം യോഗം യോഗം സമാധിയില് യോഗീ ഭവ അർജുനാണ് ഈ യോഗിയായിട്ട് തീരൂ നമ്മുടെ ശാസ്ത്രത്തില് നമ്മുടെ ആചാര്യന്മാർക്കൊക്കെ പറയാനുള്ളത് ഇതാ അവസാനം അവര് നമ്മളെ കൊണ്ടുവന്നിട്ട് അവിടെ അങ്ങോട്ട് കേട്ടു കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഒരു കുട്ടി അവൻ പഠിച്ചു മലയാളം മലയാളം മലയാളം പഠിക്കാനുണ്ട് അവൻ മലയാളം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി അപ്പൊ പലതും എന്താ വരാൻ സാധ്യതയുള്ളതൊക്കെ പഠിച്ചു വയ്ക്കുമല്ലോ ഒരു ഒന്നരപ്പുറം കവിയാതെ എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ ഓരോ വിഷയം അവസാനം വരുമല്ലോ അപ്പം അവനെ ആലോചിച്ചു എന്താ അപ്പോൾ വരിക അവൻ തെങ്ങിനെക്കുറിച്ച് പഠിച്ചു എന്നാണ് തെങ്ങ് അവൻ കാണാപ്പാടാണ് അവന് വലിയ ഇഷ്ടമാണ് തെങ്ങ് തെങ്ങ് കേരളം പിന്നെ അതിൻ്റെ ഓരോ സംഗതികളൊക്കെ അവന് ഏ ടു സെഡ് അറിയാം അവന് വലിയ കാര്യമാണ് തെങ്ങ് അത് വിചാരിച്ചു തെങ്ങിനെക്കുറിച്ച് പക്ഷേ വന്നത് പരീക്ഷയ്ക്ക് പശുവിനെക്കുറിച്ചാണ് അപ്പൊ അവന് പശു പശു നല്ല ഒരു മൃഗമാണ് പശു പാലുതെഴും പശുവിനെ നമ്മൾ തെങ്ങിൽ കെട്ടും എന്നിട്ട് തെങ്ങിനെ അങ്ങോട്ട് തുടങ്ങി വിസ്തരിക്കാൻ തെങ്ങിനെക്കുറിച്ച് വളരെ കയമായിട്ട് തെങ്ങ് കേരളം എന്ന പേരുണ്ടായത് അങ്ങനെയാണ് തെങ്ങിന്റെ മടല് അതെന്നതിന് ഉപയോഗിക്കും അത് ഇത് പശു വിട്ടു എന്ന് പറയാം തെങ്ങിലെത്തിയ ആള് അടുത്ത പരീക്ഷയ്ക്ക് വീണ്ടും പരീക്ഷയുണ്ടല്ലോ അന്നെങ്കിലും തെങ്ങ് ചോദിക്കുമെന്ന് വിചാരിച്ചു അന്നും തെങ്ങ് വന്നില്ല അന്ന് വന്നത് കോഴിയാണ് അപ്പൊ അവന് എഴുതി കോഴി ഒരു പക്ഷിയാണ് കോഴി നമുക്ക് മുട്ട തരും കോഴിയെ നമ്മൾ തെങ്ങിൽ കെട്ടാറില്ല എന്നും പറഞ്ഞ് തെങ്ങിനെ കുറിച്ച് എഴുതി കാരണം ഈ തെങ്ങിങ്ങനെ ഉള്ളിൽ നിന്നിങ്ങനെ തിങ്ങി വരികയാണ് രക്ഷയില്ല അതുകൊണ്ട് ഭഗവാന് നമ്മുടെ ഋഷിക്ക് പൂർവികന്മാർക്ക് ആത്മാവിനെ കുറിച്ച് പറയുമ്പോ അവര് നിങ്ങളെ കൊണ്ടുപോയി കെട്ടു അതിൽ പറഞ്ഞാലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നു എപ്പോഴാണോ നിന്റെ മനസ്സ് അചലാ നിശ്ചല ഉപനിഷത്തിൽ പറയും പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്തതേ അമൃതം ഓരോ ബുദ്ധിസങ്കല്പങ്ങളെയും വിശകലനം ചെയ്ത് പ്രതിബോധവിദിതം മതം ഉദിച്ചുയരുന്ന ഓരോ ബുദ്ധിസങ്കൽപ്പങ്ങളെ ചിന്തകളെ വിശകലനം ചെയ്ത് അമൃതത്വം ഹി വിന്ദതേ ആ സങ്കൽപ്പങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ആ ബോധത്തിലേക്ക് എപ്പോഴാണോ നീ തിരിയുന്നത് അതിനെയാണ് അമൃതത്വം എന്ന് പറയാം ആത്മനാ വിന്തതേ വീര്യം ഈ പ്രക്രിയ നടത്തുമ്പോൾ തന്നെ നിനക്ക് ഒരു വീര്യം ഉണ്ടാവും നിന്നിൽ ഈ അന്വേഷണത്തിൽ ഒരിക്കലും നിദ്രയല്ല ധ്യാനത്തിൽ സംഭവിക്കുക ഒരു വീര്യമാണ് ആത്മനാ വിന്തതേ വീര്യം വിദ്യയാ വിന്തതേ അമൃതം ആ അറിവിലാണ് അമൃതം സംഭവിക്കുന്നത് എന്ന് അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു എവിടെയാണോ ഏതൊരു സമാധിയിലാണോ സമധിയിലാണോ മനസ്സ് നിശ്ചലമാകുന്നത് പിന്നെ അവിടെ മനസ്സില്ല അതിനെ ത്വം യോഗം അവാപ്സ്യസി ആ യോഗത്തെ നീ പ്രാപിക്കും എന്ന് പറയുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അർജുനൻ ഒരു സംശയം അർജുനൻ ഇത്ര നേരം ഒന്നും ഇണ്ടാതിരുന്ന് കേൾക്കുകയായിരുന്നു ഇനി അർജുനൻ അറിയേണ്ടത് നമുക്കും അറിയേണ്ടത് സ്വാമി ആർക്കെങ്കിലും ഇത് സാധ്യമാണോന്ന് ഇത് സാധ്യമായ ആരെങ്കിലും ഈ ഭൂമി മലയാളത്തിലുണ്ടോ അർജുനൻ ഭൂമി മലയാളത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത് അർജുനൻ ഭഗവാനോട് തന്റെ സംശയത്തെ മുൻപിൽ വയ്ക്കുന്നു നോക്കാം അർജുന ഉവാച സ്ഥിത പ്രജ്ഞാഷ സമാധിസ്ഥിം പ്രഭാഷേത അർജുനൻ ഭഗവാനോട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു സ്ഥിതപ്രജ്ഞാഷ സമാധിസ്ഥ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിം ആസീത കിം പ്രജേത ഹേ കേശവ ഭഗവാനെ സമാധിസ്ഥ സമാധി നിഷ്ഠനായ സമാധിയെ പ്രാപിച്ചിട്ടുള്ള ആ സ്ഥിതപ്രജ്ഞൻ ഇത് അർജുനൻ തന്നെ ചോദിക്കുന്ന വാക്കാണ് എടുത്ത ശബ്ദമാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞിട്ടില്ല അർജുനൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ സ്ഥിതാ പ്രതിഷ്ഠ അഹമസ്മി പരം ബ്രഹ്മ ഇതിതപ്രജ്ഞ എവിടെയാണോ സ്ഥിതാ പ്രതിഷ്ഠാ അഹമസ്മി മനസ്സ് ചിത്തം അഹമസ്മി സദാഭാമി കഥാ ചിന്ഹമപ്രിയൈവാഹമത സിദ്ധം സച്ചിദാനന്ദലക്ഷണം ഇതാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ സ്ഥിതാ പ്രതിഷ്ഠ അഹമസ്മി പരം ബ്രഹ്മ ഇതിതപ്രജ്ഞ എവിടെയാണോ സ്ഥിതാ പ്രതിഷ്ഠ അഹമസ്മി മനസ്സ് ചിത്തം അഹമസ്മി സദാഭാമി കഥാ ചിഹമപ്രിയ ബ്രഹ്മൈവാഹമതസിദ്ധം സച്ചിദാനന്ദലക്ഷണം ഇതാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം അത് ലക്ഷ്മീധരകവി പറയുന്നതാ അപ്പൊ ഇവിടെ ആരുടെ മനസ്സാണോ സ്വരൂപത്തിലേക്ക് പോയി അടങ്ങി ഇരിക്കുന്നത് ആ പ്രജ്ഞ സ്ഥിതമായി ഇരിക്കുന്നത് അപ്പോഴാണ് സ്വസ്ഥി ഉണ്ടാവുന്നത് സ്വസ്ഥനാ ഇരിക്കുന്നത് സ്വസ്ഥത എന്ന് പറയുന്നത് സ്വസ്മിൻ സ്ഥീയത ഭാവ ഇത് സ്വസ്ഥത നമുക്ക് ഈ സ്വസ്ഥത ഇല്ലാത്തത് എന്തുകൊണ്ടാ നമ്മൾ പലതിലും പോയി ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സ്വസ്ഥത പോകുന്നത് എങ്ങനെയാ നമ്മൾ പലരെക്കുറിച്ച് അന്വേഷിക്കുന്നത് കൊണ്ടാ വീട്ടിലൊരു കത്ത് വന്നു പൊളിക്കാൻ ഒരു പേടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് ഇല്ലെൻറ്റാണെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കും വായിക്കാൻ ഇല്ലേ പറ്റുന്നതൊക്കെ വായിച്ചെടുക്കും കവറാണെങ്കിൽ അത് വേണോ പൊളിച്ചാൽ ഇനി ബഹളം ഉണ്ടാവും വേണ്ട പൊളിക്കേണ്ട അവൻ വരണം അല്ലെങ്കിൽ അവൾ വരണം വരുന്നത് വരെ നമുക്കൊരു നമ്മുടെ സ്വസ്ഥത പോകുന്നു ആരാണ് ആരുടെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സ്വസ്ഥത പോകുന്നത് അതറിയാൻ മറ്റൊന്നില് സ്വസ്മിൻ സ്ഥീയതയെ ഇതി ഭാവ എന്ന് പറഞ്ഞല്ലോ ഞാൻ സ്വമ്മിലല്ല സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്താ അതിനകത്ത് എന്താണ് എന്നറിയാൻ ഞാൻ വെമ്പൽ കാണിക്കുന്നു അപ്പൊ എനിക്ക് സ്വസ്ഥത ഉണ്ടാകുമോ ഇല്ല എന്റെ സ്വസ്ഥത കളഞ്ഞത് ആരാണ് കത്താണോ അല്ല പിന്നെയോ ഞാൻ തന്നെ എനിക്കറിയണോ അതിനകത്ത് എന്താ ആരാത് എഴുതിയത് അപ്പൊ അത് ചിലപ്പം വളരെ വിശേഷപ്പെട്ട എന്തെങ്കിലും നല്ലൊരു എഴുത്തായിരിക്കാം പക്ഷെ നമ്മുടെ മനസ്സിൽ ആ നന്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ സംശയങ്ങളാണ് നമുക്ക് അതുപോലെ ഗുണ്ടാമണ്ടി എഴുത്താണോ ചിലപ്പോ അതില് ഐ ലവ് യു എന്നുണ്ടാവും സ്കൂളിലൊക്കെ കുട്ടികളെ ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതാണ് ഐ ലവ് യു എന്ന് പറയാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒന്നാണെന്നാണ് കുട്ടികൾ പറയുന്നത് ഒരു ചേട്ടൻ ഒരു ചേച്ചിയോട് പറയുമ്പോഴായി കുഴപ്പം സ്വാമിജിയുടെ ഒരു പുസ്തകം തന്നെയുണ്ട് ഐ ലവ് യു പുസ്തകത്തിന്റെ പേര് ഐ ലവ് യു എന്ന രസമാണ് സ്വാമി കോട്ടയത്തിരിക്കുന്ന സമയത്ത് ഒരു ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ബുക്ക് സ്റ്റാളിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പുസ്തകമൊക്കെ നോക്കിയിട്ട് ഇത് മെല്ലെ കണ്ടെടുത്തു ഇതിന് വേഗം കാശു തന്നിട്ട് വേഗം കൊണ്ടുപോയി ആള് അപ്പൊ നോക്കുമ്പോൾ കുറെ ലെറ്ററാണ് അപ്പൊ ചോദിച്ചു ഇതെന്താ നമ്മൾ പറഞ്ഞു നല്ല ലവ് ലെറ്ററാണ് അപ്പൊ ഇങ്ങനെ എഴുതാം വേണമെങ്കിൽ എന്ന് പറഞ്ഞു വേഗം എടുത്ത് കൊണ്ടുപോയി ആള് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആള് തിരിച്ചു വന്നു ഈ പുസ്തകം ഇവിടെ ഉണ്ട് ബുക്ക് സ്റ്റാളിൽ ചേട്ടാ ഇതൊന്ന് തിരിച്ചെടുക്കുവന്നു അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല കാരണം അവൻ തുടങ്ങിയത് തന്നെ നോക്കിയപ്പോ കണ്ട് ഹരി ഓം സെലൂട്ടേഷൻ ധന്യ ധന്യാത്മൻ എന്നും പറഞ്ഞുകൊണ്ടാണ് തുടക്കം അപ്പം പ്രണാമങ്ങളും ധന്യാത്മൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പം എത്രയായാലും അത് ഇതിന് ചേരുന്നതല്ല എന്ന് പറയാം അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇങ്ങനെ ഓരോ നിസാരങ്ങളായിട്ടുള്ളതില് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പോകുമ്പം മനസ്സിൽ എന്തുണ്ടാവില്ല സ്വസ്ഥത ഉണ്ടാവില്ല സമാധി എന്ന് പറയുമ്പോ അതിനെയും അധികരിച്ച ഒന്നാണ് എന്താണ് സ്ഥിത പ്രതിഷ്ഠ അഹമസ്മി പരം ബ്രഹ്മ ഇതി ഭ ഞാൻ അഹം ബ്രഹ്മ അസ്മി ഇതി ഭ ഞാൻ ബ്രഹ്മമാണ് എന്ന ഭാവത്തിൽ ഇരിക്കുന്നതിനെയാണ് സ്ഥിതപ്രജ്ഞം എന്ന് സ്ഥിതപ്രജ്ഞ പ്രജ്ഞ സ്ഥിതമാകുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുടെ ഭാഷ എന്താ ഭാഷ ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷണം എന്ത് എന്നാ അതോ അദ്ദേഹം സംസ്കൃതം മാത്രമേ പറയുള്ളൂ അപ്പൊ നമുക്ക് ഒരു സംശയം ഉണ്ടാവില്ലേ ശരി ഇങ്ങനെ സാക്ഷാത്കാരമൊക്കെ നേടിയിട്ടുള്ള ഒരാള് ഈ പറഞ്ഞിട്ടുള്ള ഒരാള് എന്താ സംസാരിക്കുക നമ്മളെയൊക്കെ കാണുമ്പം അദ്ദേഹം എന്ത് സംസാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ നേടിക്കഴിഞ്ഞാൽ ഇനി ഭാഷ മാറ്റണോ അതും ഉണ്ടാവുമല്ലോ നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും ഭാഷ മാറ്റേണ്ടതുണ്ടോ സ്ഥിതധീ കിം പ്രഭാഷയത അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്തായിരിക്കും സംസാരം എങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുക ഭാഷ എന്ന് പറയുമ്പം ഒന്ന് അദ്ദേഹത്തിൻ്റെ ലക്ഷണം എന്ത് കാ ഭാഷ ലക്ഷണം എന്താണ് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രഭാഷേത അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എങ്ങനെ ഇരിക്കും വളരെ നീണ്ടുപോകുമോ ആരെ കിട്ടിയാലും പിടിച്ചിരുത്തി ഉപദേശിക്കുന്നതാണോ എന്താണ് അദ്ദേഹത്തിന്റെ ശൈലി ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെയാണോ അങ്ങനെയുണ്ട് മൈക്ക് കിട്ടിയ മൈക്കോമീനിയെന്നോ എന്തോ ഒരു അസുഖം പറയുന്നു മൈക്ക് കിട്ടിയ പിന്നെ വിടില്ല അത്ര ഒരു ജ്ഞാനി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ കരുതുന്നു ഒരു സ്വാമി ഒരു ജ്ഞാനി ഒരു സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്ന് അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കണം നമ്മൾ ചില ലക്ഷണങ്ങളൊക്കെ കൽപ്പിച്ചിട്ടുണ്ട് വ്യാസഭഗവാന് ഇതൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് ശരിയാക്കി എടുക്കണം എന്നുണ്ട് കൃഷ്ണനിലൂടെ അങ്ങനെ കൃഷ്ണൻ അർജുനനോട് അതിൻ്റെ സമാധാനം പറയുന്നു നീ ചോദിച്ച ചോദ്യം എന്താണ് സ്ഥിതപ്രജ്ഞത എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് അവർ നടക്കുന്നത് ഭഗവത്ഗീതയിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്ന് പറയുന്ന പ്രകരണം ആരംഭിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് സാധാരണ ജ്ഞാനയജ്ഞങ്ങളിൽ ഭഗവത്ഗീത രണ്ടാം അധ്യായം എടുക്കാറ് പതിവില്ല കാരണം അത് വലിയൊരു അധ്യായമായതുകൊണ്ട് ഇനി രണ്ടാം അധ്യായം എടുക്കുന്ന സമയത്ത് ഇത് മുതലാണ് എടുക്കുന്നത് അർജുനൻ ഇങ്ങനെ ചോദിക്കുന്നു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം ഭഗവാൻ പറയുന്നതായിട്ട് സ്ഥിതപ്രജ്ഞ ലക്ഷണം ഭഗവാൻ അവതരിപ്പിക്കുന്നു ശ്രീ ഭഗവാനുവാച സർവാൻ പാർമനോഗത ആത്മനേവാത്മനുഷ്ട സ്ഥിത പ്രത്യോച്യർജുനന്റെ ചോദ്യം കേട്ടിട്ട് ഭഗവാൻ ഉത്തരം പറയുന്നു പ്രജഹദി യാ കാൻ സർവാൻ പാർത്ഥമനോഗത ആത്മനി ആത്മന തുഷ്ടപ്രജ്ഞ തഥാ ഉച്ച ഹേ പാർത്ഥ അല്ലയോ അർജുന മനോഗതാൻ സർവാൻ സർവാൻ മനോഗതാൻ മനസ്സിലുള്ള എല്ലാ കാമാൻ കാമനകളെയും മനസ്സിലുള്ള എല്ലാ കാമനകളെയും യഥാ പ്രജഹാദി എപ്പോൾ ഒരുവൻ വിട്ടുകളയുന്നു എപ്പോഴാണ് ഒരുവൻ അവൻ്റെ മനസ്സിലെ കാമനകളെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് അതുപോലെ യഥാത്മന ആത്മനി ഏവ തുഷ്ട അപ്പം മനസ്സ് ബാഹ്യമായ വസ്തുക്കളിൽ രമിക്കുന്നതിന് പകരം മനസ്സ് എവിടെ രമിക്കുന്നു പറയണു ആത്മനി ഏവ തുഷ്ട തന്നിൽ തന്നെ രമിക്കുന്നു അവനെയാണ് ആത്മാരാമൻ എന്ന് പറയാം മറ്റവനോ വിഷയരാമൻ അപ്പൊ ആത്മാരാമനായി ആര് കഴിയുന്നുവോ തഥാ സ്ഥിതപ്രജ്ഞ ഉച്ചയത്തെ അവന് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയണം ഭഗവാൻ ആദ്യം ആരാണ് സ്ഥിതപ്രജ്ഞൻ അങ്ങോട്ട് പറഞ്ഞു മനസ്സിൽ നിന്ന് എല്ലാ കാമനകളും ഒഴിഞ്ഞവനാണ് സ്ഥിതപ്രജ്ഞൻ അപ്പൊ മനസ്സിൽ ഒരു ആഗ്രഹങ്ങളുമില്ല ആത്മനീയവ തുഷ്ട എന്നാ പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് ആ തുഷ്ടി സന്തോഷം കിട്ടുന്നത് ഒരു സെൻ മാസ്റ്റർ അദ്ദേഹം ഗുരുവിനെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല അദ്ദേഹം ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു നിങ്ങളാ സ്വപ്നം ഒന്ന് എന്നെ എനിക്ക് അപഗ്രതിച്ച് പറഞ്ഞു തരണം ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അതെനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറയാം നാലഞ്ച് ശിഷ്യന്മാരുണ്ട് കാരണം ഇവ ഈ മാസ്റ്ററുടെ പഠിപ്പിക്കൽ ഇങ്ങനെയാ അപ്പൊ ഒന്നാമൻ വെള്ളം കൊണ്ടു വെച്ചു എന്നിട്ട് പറഞ്ഞു ഗുരു പല്ലുതേക്കാൻ അപ്പൊ ഗുരു പല്ലുതച്ചു കഴിഞ്ഞു വീണ്ടും ഗുരു പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അതെനിക്ക് അപഗ്രതിച്ച് പറഞ്ഞു തരണം അപ്പൊ രണ്ടാമൻ പറഞ്ഞു ഗുരു ചൂടുവെള്ളം ബാത്റൂമിൽ റെഡിയാണ് കുളിക്കൂ ഗുരു കുളിച്ചു വന്നു വീണ്ടും ഗുരു പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എനിക്കത് അപഗ്രതിച്ച് പറഞ്ഞു തരണം മൂന്നാമം പറഞ്ഞു ഗുരു പ്രഭാത ഭക്ഷണം തണുക്കുന്നതിന് മുമ്പ് വന്ന് കഴിക്കാൻ അപ്പൊ ഗുരു പറഞ്ഞു സന്തോഷം ആരെങ്കിലും ആ സ്വപ്നത്തെ അവഗ്രതിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാറ്റിനെയും കഥ ഗംഭീരമാണ് എപ്പോഴാണ് മനസ്സിലെ കാമനകൾ ഒഴിയുന്നത് എന്ന് പറയാം ഈ കഥ നന്നായിട്ടൊന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് നന്നായിട്ട് നിങ്ങളങ്ങോട്ട് ഉൾക്കൊള്ളണം എന്നിട്ട് ഇന്ന് വേണ്ട ഇന്ന് ഇന്ന് ഇപ്പൊ ഇനി ഉൾക്കൊള്ളണ്ട വിട്ടേക്കു രാത്രി പോയിട്ട് വിട്ട് പോയിട്ട് എന്താ സ്വാമി പറഞ്ഞത് ഈ സെൻ മാസ്റ്റർ ഈ കുട്ടികളോട് എന്താണ് പറഞ്ഞത് നിങ്ങളാ സ്വപ്നത്തെ അപഗ്രഥിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെവിടുന്ന് പുറത്താക്കുന്ന കാരണം നിങ്ങൾ അങ്ങേയറ്റം സ്ഥിതപ്രജ്ഞരാണ് നമ്മളൊക്കെ പലപ്പോഴും അതായത് സ്ഥിതപ്രജ്ഞ സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്ന ഇതാണ് വർത്തമാനത്തിൽ ഓ ഒരുവൻ ആദ്യം പറഞ്ഞു ഗുരുവോ പല്ലു തേക്കൂ എന്ന് ഗുരുവോ കുളിക്കൂ ഗുരുവോ വന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറയാം അപ്പം അവരെല്ലാം എന്താണ് ആത്മനി തുഷ്ട ആത്മാവിൽ രമിക്കുന്നവരാണ് അപ്പം നമ്മുടെ മനസ്സിനെ രമിക്കാൻ മറ്റൊന്നിൽ പോയിട്ട് അങ്ങനെ രമിക്കാൻ അത് ശ്രമം നടത്തുന്നു സുഖത്തിന് അന്വേഷിക്കുന്നത് നാം പുറത്തേക്കാണ് എവിടെ നിന്നൊക്കെ നമുക്ക് സുഖം കിട്ടും പഠനങ്ങൾ നടന്നിട്ടുണ്ട് നമുക്കും പഠിക്കാം കുറേ സങ്കേതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പറയാം ഓർത്തുവെച്ചുള്ളൂ വിഷയത്തിൻ്റെ ഭോഗത്തിൽ നാം സുഖമനുഭവിക്കുന്നു വിഷയത്തിൻ്റെ ഒന്ന് വിഷയത്തിൻ്റെ ഭോഗം വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ ഈ ജീവശാസ്ത്രം രസതന്ത്രം ഇതൊക്കെ വിഷയങ്ങളാണ് വേദാന്തശാസ്ത്രത്തിൽ വിഷയം എന്ന് പറഞ്ഞാൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇതാണ് വിഷയം വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളെ ഒരുവൻ അനുഭവിക്കുന്നു അനുഭവിക്കുന്ന ആളെ ഭോക്താവ് എന്ന് പറയും അനുഭവിക്കുന്നതിന് വിഷയം എന്ന് പറയും ആ പ്രക്രിയയെ ഭോഗം എന്ന് പറയും അപ്പം വിഷയി എന്ന് പറഞ്ഞാൽ വിഷയത്തെ അനുഭവിക്കുന്നവൻ വിഷയിക്ക് ഭോഗത്തിൽ സുഖം കിട്ടുന്നു എന്നാണ് വിഷയങ്ങളെ അനുഭവിക്കുന്നതിലൂടെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഈ പറഞ്ഞ ശബ്ദസ്പർശരസരൂപ ഗന്ധാധികൾ വിഷയത്തിൻ്റെ ഭോഗത്തിൽ അതുപോലെ രണ്ടാമത് വിഷയത്തിൻ്റെ സ്മൃതിയിൽ സുഖം കിട്ടുന്നു സ്മൃതി വിഷയത്തിൻ്റെ ഓർമ്മയിൽ അപ്പൊ പഴയ കാര്യങ്ങൾ പണ്ട് നടന്ന ഒരു അനുഭവത്തെ സ്മൃതി പദത്തിൽ കൊണ്ടുവന്നിട്ട് ആ വർത്തമാനത്തിൽ അതിനെക്കുറിച്ച് അങ്ങനെ ഓർത്ത് അങ്ങനെ സുഖമായിട്ടിരിക്കുക അങ്ങനെ ഉണ്ടല്ലോ കിനാവ് കാണുക എന്നൊക്കെ പറയുമല്ലോ ആ പ്രക്രിയയാണ് സ്മൃതി വിഷയത്തിൻ്റെ സ്മൃതിയിൽ സുഖം ചിലരൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങനെ കാണാതിരിക്കുന്നത് ആ ഇരിപ്പ് കണ്ടാറേ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആളുകളൊന്നും മുൻപിലൂടെ പോയിക്കഴിഞ്ഞാൽ അവർ ഒന്നും പറയില്ല എന്നാ തണുപ്പ് അങ്ങനെയാണ് ഒരു പ്രത്യേക ഇരിപ്പുണ്ടെന്നാ ഈ മഞ്ഞുകാലത്തൊക്കെ റോഡിലൊക്കെ കാണും അവരങ്ങനെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ കൈ കെട്ടുന്നല്ലേ എന്നിട്ട് ഇങ്ങനെ എവിടെ വീടി ഉണ്ടാവും ഇങ്ങനെ ഒരു മൂമെൻറ്റ് മാത്രമേ ഉണ്ടാവൂ അതെ ഈ ഒരു മൂമെൻറ്റ് വാങ്ങും ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല ആരെങ്കിലും വഴി ചോദിച്ചാൽ ഗോവാലിനരുടെ വീട് എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ വീട് ഒരു പ്രത്യേക അതിലങ്ങനെ സുഖമായിട്ടിരിക്കുക അതൊരു സുഖമുള്ള ഏർപ്പാടാണ് വിഷയത്തിൻ്റെ സ്മൃതി അങ്ങനെ ചിലപ്പോൾ കസേരൊക്കെ അങ്ങനെ ഒടിഞ്ഞിരിക്കുന്നത് കാണാം അവർ പ്രത്യേക ഇരിപ്പായിരിക്കും നമ്മൾ കണ്ടുകഴിഞ്ഞാൽ വിജയിക്കുന്നത് എങ്ങനെ ഇത് ഇരിക്കുന്നതാണ് കണ്ടിട്ടില്ലേ ചില ആളുകളെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു എസിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ചു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടെന്ന് അതുപോലെ ഉണ്ടാവുന്നു ആ ഇരിപ്പ് കൊണ്ടുള്ള സുഖമല്ല സ്മൃതി കൊണ്ടുള്ള ഒരു സുഖമാണ് വിഷയത്തിന്റെ സ്മൃതിയില് വിഷയത്തിന്റെ സമ്പൂർണ്ണ അഭാവത്തിൽ സുഖമാണ് എപ്പോഴാ വിഷയങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിദ്രയില് നിദ്രയിൽ ഒരു വിഷയവുമില്ല ഞാൻ രോഗിയാണെന്നോ ഞാൻ ആശുപത്രിയിലാണെന്നോ ഞാൻ ജയിലിലാണെന്നോ അവിടെ യജമാനനാണെന്നോ പാറാവുകാരനാണെന്നോ ഉറങ്ങുന്ന സമയത്ത് ഇവരൊക്കെ ഒരുമിച്ച് വർന്നു വിഷയത്തിൻ്റെ സമ്പൂർണ്ണ അഭാവം ഒരുവന് സുഖത്തെ സൃഷ്ടിക്കുന്നു അപ്പൊ വിഷയത്തിൻ്റെ ഭോഗം വിഷയത്തിൻ്റെ സ്മൃതി വിഷയത്തിൻ്റെ സമ്പൂർണ്ണ അഭാവം അതുപോലെ വിഷയത്തിൻ്റെ ഭോഗം പോലെ തന്നെ വിഷയത്തിൻ്റെ ത്യാഗത്തിലും സുഖമുണ്ട വിഷയത്തിൻ്റെ ത്യാഗം എന്ന് പറയുമ്പം വിഷയത്തെ ഉപേക്ഷിക്കുന്നതിലൂടെ അതെപ്പോഴാണ് ഇപ്പോൾ വേനൽക്കാലത്ത് ഫാന് വേണം ഫാനിൻ്റെ സാന്നിധ്യം നമുക്ക് സുഖം നൽകുന്നു എന്നാൽ കൊടും തണുപ്പുള്ള സമയത്തോ ഫാനിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും മോനെ ഒന്ന് അത് ഓഫാക്കൂ എന്ന് പറയും ഇല്ലേ അപ്പൊ നമുക്കതിൻ്റെ അസാന്നിധ്യമാണ് സുഖത്തെ നൽകുന്നത് അപ്പൊ വിഷയത്തിൻ്റെ ഭോഗവും വിഷയത്തിൻ്റെ ത്യാഗവും ഒരുവന് സുഖമുണ്ട് വിഷയത്തെ മാറ്റുന്നതിലൂടെ ചിലപ്പോൾ അങ്ങനെയാണ് നമുക്ക് അപ്പൊ വിഷയത്തിന്റെ ഭോഗം വിഷയത്തിന്റെ ത്യാഗം വിഷയത്തിന്റെ സ്മൃതി വിഷയത്തിന്റെ സമ്പൂർണ്ണ അഭാവം അതുപോലെ പറയണു കൃതകൃത്യതയിൽ സുഖം കിട്ടുന്നു കൃതകൃത്യത എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളത് ചെയ്ത് തീർക്കുമ്പോൾ അതുപോലെ വീട്ടമ്മയ്ക്ക് വീട്ടമ്മയുടേതായിട്ടുള്ള ജോലികൾ ഒരുപാട് ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ പാചകമൊക്കെ ചെയ്തു തീർത്തു അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകിവെച്ചു അലക്കാനുള്ളതൊക്കെ അലക്കിവെച്ചു എല്ലാ ജോലിയും ചെയ്ത് എല്ലാം ഇതായിട്ട് അങ്ങനെ ഇരിക്കുമ്പോ ഒരു സുഖമുണ്ട് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഫയലുകളൊക്കെ നേരത്തെ കാലത്ത് തീർത്തു മാർച്ച് തേർട്ടി ഇയർ എൻഡിങ് ബാങ്കുകാർക്കൊക്കെ ഒരു എന്താ പറയുക വെപ്പറാവും അപ്പോ എല്ലാം ക്ലിയറായി എല്ലാം ഓ ഒരു മാർച്ച് ട്വന്റി ഫിഫ്തോട് കൂടിയിട്ടെല്ലാം പിന്നെയുള്ള അഞ്ചു ദിവസം എന്ത് റെഡി എന്ന മട്ടില്ല അപ്പൊ കൃതകൃത്യത ചെയ്യാനുള്ളത് ചെയ്തു തീർന്നാൽ പിന്നെ പറയുന്നു ആത്മാവിഷ്കാരത്തിൽ സുഖം ആത്മാവിഷ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ ആവിഷ്കരിക്കുന്നതിൽ തൻ്റെ ആവിഷ്കാരത്തെ വല്ലവരും പ്രശംസിക്കുന്നതിൽ അപ്പൊ താനൊരു ചിത്രം വരച്ചു ആ ഗംഭീരായി എന്നൊരാൾ പറയുമ്പോൾ ഒരു സുഖമാണോ തൻ്റെ കഴിവിനെ മറ്റൊരാൾ അംഗീകരിക്കുന്നത് ഇതൊക്കെ സുഖങ്ങളിരിക്കുന്ന കേന്ദ്രങ്ങളാണ് നത്മാവിഷ്കാരം ഇനി പറയുന്നത് പരചന സേവനത്തിൽ സുഖമുണ്ട് മറ്റുള്ള ആളുകളെ സേവിക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുന്നത് ഒരാൾക്കൊരു ജോലി മേടിച്ചു കൊടുക്കുക ഒരു കുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കുക ആ കുട്ടി പഠിച്ച് വലുതായി ജോലിയൊക്കെ കിട്ടി നമ്മളെ വന്ന് നമസ്കരിച്ച് ഓ അമ്മേ അച്ഛ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിങ്ങളാണ് എന്നെ ഈ വഴിക്കാക്കിയെന്നൊക്കെ പറഞ്ഞ നന്നായി വരട്ടെ ഒരു സുഖമാണ് നന്നായി വരുമ്പോൾ പരജന സേവനത്തിൽ ചിലരെ സംബന്ധിച്ച് പരചന ദ്രോഹത്തിലാണ് സുഖം അതും സുഖയിരിക്കുന്നതാണ് ഒരാളൊരാളെക്കുറിച്ച് പറഞ്ഞു നോക്കൂ അയാളുടെ ഒരു ഭാഗം പോരാ രണ്ടു ഭാഗം കൂടെ ഒരു ഭാഗം കൂടെ ഉണ്ട് ഉം അറിഞ്ഞില്ലേ ഇല്ല പിടിച്ച് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അതെയോ പക്ഷെ വെറുതെ വിടും ഞാൻ അന്വേഷിച്ചു ഞാൻ എസ് കൊടുത്തിട്ടുണ്ട് നല്ല ഇട്ടിച്ചോളാൻ മിക്കവാറും എന്നിട്ട് പിന്നെ അദ്ദേഹം വരുന്നത് നോക്കും എങ്ങനെയാ അപ്പൊ ആ ആൾ നിരീക്ഷിക്കാൻ നമ്മൾ പ്രത്യേകം ഭൂതകണ്ണാടിയൊക്കെ വെച്ച് നിൽക്കും ചുമൊണ്ടാണ് അല്ലെങ്കിൽ വളരെ വിഷമിച്ചുകൊണ്ട് വേച്ച് വരിഞ്ഞിങ്ങനെ നടന്നു വരികയാണെങ്കിൽ നമുക്ക് തൃപ്തിയായി ആവും അതല്ല അദ്ദേഹം വളരെ ഉത്സാഹവാനായിട്ടാണ് വരുന്നത് എങ്കിൽ നമുക്കൊരു വിഷമാണ് അയ്യോ ശരിയായില്ലോ അവിടുന്ന് ഒന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ പരചനദ്രോഹത്തിൽ ഇന്ന് വലിയ ഒരു ഇതാണത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ മറ്റുള്ളവർക്ക് ആനന്ദം പലർക്കും ആനന്ദം ഒരാൾ കഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പം വളരെ രസമാണ് അപ്പൊ പരചന സേവനത്തിലും പരചന ദ്രോഹത്തിലും അപ്പൊ വിഷയത്തിന്റെ ഭോഗം വിഷയത്തിന്റെ ത്യാഗം വിഷയത്തിന്റെ സ്മൃതി സമ്പൂർണ്ണ അഭാവം കൃതകൃത്യത പരച ആത്മാവിഷ്കാരം പരചന സേവനം പരചന ദ്രോഹം പിന്നെ ഒരു സങ്കേതം കൂടെ ഉള്ളത് പറയണോ അഹങ്കാരത്തെ അന്യതാ ധരിക്കുന്നതിലൂടെ എന്ന് പറയും തന്നെ മറ്റൊന്നായി കാണുക തന്നെ മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അതെന്താ മദ്യം കഴിക്കുക മദ്യം പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അത് നല്ല സുഖമുള്ള ഒരു ഏർപ്പാടാണ് എന്തിനാണ് അത് സുഖമായിട്ടിരിക്കണം അതിനാ അപ്പൊ പിന്നെ ആരാ എന്താണെന്നൊന്നും ഓർമ്മയുണ്ടാവില്ല അങ്ങനെയാണ് റോട്ടിലൊക്കെ ചിലപ്പോൾ അവർ കാണാം പെട്ടെന്ന് അവർക്ക് തോന്നും ഞാൻ യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ലല്ലോ തൊപ്പില്ലല്ലോ റോഡ് നിയന്ത്രിക്കാൻ അപ്പം മുണ്ടൂരിയിട്ട് തലയിൽ കിട്ടും തൊപ്പിയാക്കും അങ്ങനെയൊക്കെ ചിലർ സംഭവിക്കാറുണ്ട് എന്നാ ഒരാൾ ഇതുപോലെ കഴിച്ചിട്ട് അപ്പോഴ വഴിയിൽ അമ്മാവൻ നിൽക്കുന്നത് കണ്ടത് അപ്പം അമ്മാവിനോട് പറഞ്ഞു വഴുന്നേക്കും അമ്മാവ ഞാനാണ് വിളിക്കുന്നത് പോവാം നമുക്ക് വീട്ടിൽ പോവാം പക്ഷെ അമ്മാവൻ എഴുന്നേൽക്കുന്നില്ല അവർ എഴുന്നേൽക്കും അമ്മാവ ഞാനല്ലേ വിളിക്കുന്നത് അമ്മാവിനെ എഴുന്നേൽക്കുന്നില്ല സോനൊരാൾ വന്ന് പറഞ്ഞു മോനായത് അമ്മാവനല്ല അത് മയിൽക്കുറ്റിയാണെന്ന് പറയും മയിൽക്കുറ്റിയെ പിടിച്ചു പോക്കുക എഴുന്നേൽക്കും അമ്മാവ ഞാനല്ലേ വിളിക്കും അപ്പൊ തന്നെ മറ്റൊന്നായി അതായത് അഹങ്കാരത്തെ അന്യത ധരിക്കുകയാണ് അതിലെന്തുണ്ട് എന്ന് ചോദിച്ചാൽ സുഖമുണ്ട് പക്ഷെ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് ഈ ചോദ്യം ആരാണോ സ്വയം ചോദിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് അവൻ ആത്മനിയേവതുഷ്ട ആയിത്തീരും സുഖം വസ്തുനിഷ്ഠമാണോ മറിച്ച് ആത്മനിഷ്ഠമാണോ ഇതാണ് ചോദ്യം തന്നെ മറ്റൊന്നായി അഹങ്കാരത്തെ അന്യത ധരിക്കുകയാണ് അതിലെന്തുണ്ട് എന്ന് ചോദിച്ചാൽ സുഖമുണ്ട് പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് ഈ ചോദ്യം ആരാണോ സ്വയം ചോദിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് അവൻ ആത്മനി ഏവതുഷ്ട ആയിത്തീരും സുഖം വസ്തുനിഷ്ഠമാണോ മറിച്ച് ആത്മനിഷ്ഠമാണോ ഇതാണ് ചോദ്യം സുഖം വസ്തുനിഷ്ഠമായിരുന്നു എങ്കിൽ ഈ വസ്തുവിൻ്റെ ഉപയോഗത്തിൽ സുഖം വർദ്ധിക്കണമായിരുന്നു പായസത്തിൽ സുഖമുണ്ട് എങ്കിൽ ഒന്നാമത്തെ ഗ്ലാസ് പായസം കുടിച്ചപ്പോ സുഖം രണ്ടാമത്തത് കുടിച്ചപ്പോ സുഖം കൂടണം മൂന്നാമത്തതിന് സുഖം അതിലും കൂടണം നാലാമത്തേതിന് അതിലും കൂടണം അഞ്ചാമത്തേതിന് അതിലും കൂടണം ആറാമത്തേതിന് അതിലും കൂടണം എത്ര കൂടും വിഷയത്തിലായിരുന്നു പായസത്തിലായിരുന്നു സുഖമെങ്കിൽ പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഖം അധികരിക്കണമായിരുന്നു നമ്മുടെ അനുഭവം എന്താ േ ഒരു പാൽപ്പായസമൊക്കെ ഒരു മൂന്ന് ഗ്ലാസൊക്കെ കുടിച്ചു വീണ്ടും ഒരു അര ഗ്ലാസും കൂടെ കുടിച്ചു പിന്നെ ഇങ്ങനെ അങ്ങനെ കാണുമ്പോൾ പായസത്തിൻ്റെ പാത്രം കാണുമ്പോൾ തന്നെ ഒരു അല്ലേ പിന്നെ ഈ കുട്ടികളൊക്കെ നമ്മുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഏയ് പോയി വേറെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണ അതോ നമുക്ക് കഴിക്കാത്ത ഒരാളാണ് പായസം ഇഷ്ടമുള്ള ഒരാളാണെങ്കിലും അത് കഴിക്കുമ്പോൾ അങ്ങനെ നോക്കിയിരിക്കും കഴിച്ചങ്ങനെ അധികമായിരിക്കുമ്പം അതിൻ്റെ അഭാവത്തിലാണ് ഇപ്പൊ വിഷയത്തിലാണ് സുഖമെങ്കിൽ വിഷയത്തിൻ്റെ ഭോഗത്തിൽ സുഖം വർദ്ധിക്കണമായിരുന്നു വിഷയത്തിലായിരുന്നു സുഖമെങ്കിൽ വിഷയത്തിൻ്റെ അഭാവത്തിൽ ദുഃഖം തോന്നണമായിരുന്നു പക്ഷേ ഇത് രണ്ടുമല്ല അനുഭവം സമ്പൂർണ്ണ അഭാവത്തിൽ ഞാൻ സുഖത്തെയാണ് അനുഭവിച്ചത് അപ്പം സുഖം വസ്തുനിഷ്ഠമല്ല എന്നും ആത്മനിഷ്ഠമാണ് എന്നും തിരിച്ചറിയുന്ന ഒരാൾക്ക് ആത്മനി ഏവ തുഷ്ടഹ എന്നത് വലിയ വിഷമം പിടിച്ചേർപ്പാടല്ല അപ്പൊ പദാർത്ഥങ്ങളല്ല സുഖം തരുന്നതെന്നും താനാണ് അതിന് സുഖം കൽപ്പിക്കുന്നതെന്നും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അച്ഛൻ മരിച്ചിരിക്കുമ്പം തന്നാലോ ലഡു വളരെ ഇഷ്ടമുള്ള ആളാണ് അച്ഛൻ മരിച്ചിരിക്കുമ്പോഴാണ് ഒരു കിലോ ലഡു കൊണ്ടു കൊടുക്കണം കഴിച്ചോളാൻ അപ്പൊ അത് അനുഭവിക്കാൻ പറ്റൂല സിനിമ വളരെ ഇഷ്ടമുള്ള ആളാണ് അന്ന് അന്ന് സിനിമയ്ക്ക് വിളിച്ചാൽ പോകാൻ പറ്റുമോ ആരാണ് അപ്പൊ ഇതിനൊക്കെ സുഖം കൊടുക്കുന്നത് ഞാനാണ് അപ്പം സുഖം ആത്മനിഷ്ഠമാണ് മറിച്ച് വസ്തുനിഷ്ഠമല്ല എന്ന തിരിച്ചറിവാണ് ഒരുവനെ ആത്മാന്വേഷണ നിരതനാക്കുന്നത് താൻ തന്നിൽ തന്നെ തുഷ്ടിയെ രതിയുള്ളവനായി തീരുന്നു അവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു പ്രപഞ്ചത്തിൽ ഒന്നിന്റെയും ഭാവവും അഭാവവും സ്ഥിതപ്രജ്ഞനിൽ പാടുകൾ വീഴ്ത്തുന്നില്ല ഒന്നിന്റെയും ഉണ്മയും ഇല്ലായ്മയും അവനിൽ ഒരൽപ്പം പോലും ഇളക്കം ഉണ്ടാക്കുന്നില്ല ഇത് ആ ആർക്കാണോ ഈ അനുഭവം അവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു അവന്റെ പ്രജ്ഞ സ്ഥിതമാണ് ഇതാണ് ഭഗവാൻ ആദ്യം തന്നെ പറയാനുള്ളത് അപ്പൊ ഒന്നും ഉണ്ടാകട്ടെ ഇല്ലാതെയാവട്ടെ ഇതൊരു വിഷയമേ അല്ല അപ്പൊ തിരമാല അന്വേഷിക്കുകയാണ് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ സമുദ്രമാണ് എന്നറിയുമ്പം തിരമാലയ്ക്ക് ഉണ്ടാവുന്ന വികാരത്തെ നമുക്ക് തുഷ്ടി എന്ന് പറയാം ഒരു കുമിള അറിയാണ് ഓ ഞാനാണ് സമുദ്രം ഞാൻ ജലമാണ് എന്നറിയാം അത് പുറമേ പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറയാം അതുകൊണ്ട് ആത്മനിയേവ തുഷ്ട ഞാനാണ് ഇതിനൊക്കെ സുഖം നൽകുന്നവൻ മാത്രമല്ല സുഖം ഇവിടെ പറയുമ്പം ഒന്നുകൂടെ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമുക്കുള്ള വിക ഈ എന്താ പറയുക അനുഭവങ്ങൾ ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുന്നതിനെയാണ് സുഖം എന്ന് പറയുന്നത് അത് ഇന്ദ്രിയതലത്തിലുള്ള അനുഭവത്തെയാണ് സുഖം അതിനെ കുറച്ചുകൂടെ കൂടിയതാണ് മനസ്സിൻ്റെ അനുഭവമാണ് സന്തോഷം അതിലും അധികരിച്ചതാണ് ബുദ്ധിയുടേത് ഹൃദയത്തിൻ്റെത് ആഹ്ലാദം ഇതൊക്കെ അനുഭവങ്ങളാണ് അതിനപ്പുറത്താണ് ആനന്ദം അപ്പൊ ആനന്ദത്തിലെത്തിയവനാണ് തുഷ്ടി എന്ന് പറയുമ്പം ആനന്ദമാണ് മറ്റതൊക്കെ എന്താണ് ഈ സുഖവും സന്തോഷവും ആഹ്ലാദവും ഇതിൻ്റെ കുറച്ച് കുറച്ച് കുറച്ച കുറച്ചാണ് ലേശലേശത ഇമേ എന്ന് പറയും അത് അല്പം അൽപ്പം അല്പം മാത്രം ഇതോ ഇതതിന്റെ എന്താ പറയാ മുറിവില്ലാത്ത അഖണ്ഡാനന്ദം മുറിവില്ലാത്തത് മറ്റതിലൊക്കെ മുറിവുണ്ട് അത് കിട്ടുന്നത് എവിടുന്ന ഇവിടുന്നാണ് അത് കിട്ടുന്നത് തുടർന്ന് ഭഗവാൻ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തെ വിവരിക്കണം दुखेश अग्नमना सुख विगतस्पृ वीतरागभय क्रोध स्थितधी मुनि उच्य भगवा पर मुनि ഭഗവാന് സ്ഥിതപ്രജ്ഞൻ എന്നതിനേക്കാൾ മുനി എന്ന് പറയാനാ കുറച്ചുകൂടെ ഇഷ്ടം രണ്ടും സംഭവം ഒന്നാണ് അപ്പൊ ഈ സ്ഥിതപ്രജ്ഞൻ മുനി യോഗി ഭക്തൻ ത്യാഗി എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷണങ്ങൾ പറയണം ദുഃഖേഷു ദുഃഖേഷു എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളിൽ ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ വിരുദ്ധമായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ രേഖപ്പെടുത്തുന്ന എനിക്ക് വിരുദ്ധമായത് എനിക്ക് തോന്നുന്നതാണ് എനിക്കിത് അനുകൂലമല്ല ഞാനതിനെ പ്രതികൂലമായി കാണുന്നു അതിൽ എന്താണ് അനുദ്വിഗ്നമനാഹ ക്ഷോഭിക്കാത്ത മനസ്സ് സ്വീകരിക്കുന്ന മനസ്സ് അതിനെ അറിയുന്ന മനസ്സ് ഉൾക്കൊള്ളുന്ന മനസ്സ് അതുപോലെ സുഖേഷു സുഖങ്ങളിൽ വികതസ്പൃഹ ആഗ്രഹമില്ലായി ആഗ്രഹമില്ലായ്മ എന്ന് പറയാം സ്പൃഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ സുഖത്തെ താലോലിക്കലാണ് സ്പൃഹ ഇന്ദ്രിയങ്ങളിലൂടെ അതിനെങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുക അതാണ് സ്പൃഹ അത് പോയിട്ടുള്ള അത് പോയി വികത സ്പൃഹ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളില് വ്യാപരിക്കും അതങ്ങനെ വ്യാപരിക്കും ഭഗവാൻ അത് പറയുന്നുണ്ട് ഇന്ദ്രിയസ്യ ഇന്ദ്രിയാർത്ഥയേഷു ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളിലും അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിലേത് ഭാവത്തെ നീ സ്വീകരിക്കണം എന്നൊക്കെ വിസ്തരിക്കുന്നുണ്ട് ഇനി അപ്പൊ മനസ്സിലാക്കുക സ്പൃഹ സ്മരണാരൂപത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെ താലോലിക്കൽ അതിനെ തലോടൽ സ്മരണാരൂപത്തിൽ അതുപോലെ വീതരാഗ ഭയക്രോധ ആശ ഭയം കോപം ഇതൊക്കെ ഒഴിഞ്ഞിട്ടുള്ള മുനി മുനി എന്ന് പറഞ്ഞാൽ മൗനം ശീലമാക്കിയിട്ടുള്ളവൻ മുനി എന്ന് പറഞ്ഞാൽ സംസാരിക്കാത്തവൻ എന്നല്ല എപ്പോഴാണ് ഒരുവനിൽ മൗനം സംഭവിക്കുന്നത് പ്രതീക്ഷകൾ അകലുമ്പോഴാണ് ഒരുവനിൽ മൗനം ഉണ്ടാകുന്നത് പ്രതീക്ഷകളകന്ന മനസ്സിൻ്റെ ഉടമയാണ് മുനി മുനി എന്ന് പറഞ്ഞാൽ കുറേ താടി നീട്ടി അങ്ങനെ ഒരു എന്താ പറയുക നമ്മുടെ തൃക്കാക്കരപ്പന് വയ്ക്കുന്നത് പോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു കമണ്ടലുമായിട്ട് പോകുന്ന ഒരാൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള ഓരോരോ കാലത്തുണ്ടായിരുന്ന വേഷങ്ങളും മറ്റും അല്ലാതെ ബാഹ്യമായ ചിഹ്നങ്ങളൊന്നും മുനിയുടെ അല്ല മുനി എന്ന് പറഞ്ഞാൽ മൗനമാചരിക്കുന്നവൻ മുനി മനനം ശീലമാക്കിയിട്ടുള്ളവൻ വ്യാമോഹത്തെ ഭജിക്കാത്തവൻ ആചാര്യസ്വാമികളുടെ ഭാഷയെ പറഞ്ഞ ആചാര്യസ്വാമികൾ മുനിയുടെ ലക്ഷണം പറയുന്നുണ്ട് പുരേ പൗരാൻ പശ്യൻ നരയുവതി നാമാകൃതിമയാൻ സ്വർലകലിതാൻ ചിത്രസദൃ സ്വയം സാക്ഷാ ദൃഷ്ടേത്യച്ച കലയൻ തൈ സഹരമൻ മുനിർന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാ ക്ഷതമായാമോഹം നജതി വ്യമോഹത്ത ഭജി കത്തവൻ മുനി ഗുരുദീക്ഷാ ക്ഷതതമാഹ ഗുരുവിൽ നിന്നുള്ള ദീക്ഷ വരിച്ചതോടുകൂടി തമസെല്ലാം ക്ഷയിച്ചിട്ടുള്ളവൻ വ്യാമോഹം എന്ന് പറഞ്ഞാൽ രണ്ടെന്ന ഭാവം തന്നെയാ വ്യാമോഹം പലതുണ്ട് എന്ന് തോന്നൽ വ്യാമോഹം മുനി വ്യാമോഹം നെ മുനി എങ്ങനെയാ കാണുന്നത് പറയുന്നു പുരേ പൗരാൻ പശ്യൻ പുരേ പട്ടണത്തില് പൗരാൻ പൗരങ്ങ ജനങ്ങളെ പശ്യൻ കാണുന്നു മുനി എപ്പോഴും ബ്രഹ്മം എന്നല്ല കാണുന്നത് പിന്നെയോ ഇതാ പട്ടണത്തെ കാണുന്നു ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിന്നാൽ നിങ്ങൾക്ക് മുനിയാവാം എങ്ങനെ വേണമെന്നറിയോ അങ്ങനെ നോക്കുക മാറി നിന്ന് നോക്കുക ഏതെങ്കിലും ഒരു ബിൽഡി ഈ എന്താ ജോസ് ജംഗ്ഷനിൽ അവിടെ പോയിട്ട് ഒന്ന് മാറി നിന്നാൽ മതി എന്നിട്ട് നോക്കുക ഒരേ പൗരാൻ പശിയൻ പട്ടണത്തിലെ ആളുകളെ കാണുന്നു ആരൊക്കെയാണ് നരയുവതി നാമാകൃതിമയാൻ ആരൊക്കെ ഉണ്ട് നരന്മാരുണ്ട് പുരുഷന്മാരുണ്ട് യുവതികളുണ്ട് പല ആകൃതിയുണ്ട് പാകരായിട്ട് തടിച്ചിട്ടുള്ള ആൾക്കാർ എല്ലിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് പൊക്കം കൂടിയിട്ടുള്ളവർ തീരെ കുറഞ്ഞിട്ടുള്ളവർ ഇങ്ങനെ പല ആകൃതി പൂണ്ട ആളുകൾ പല പേരുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ പേര് പറയും പല പേരുകൾ അപ്പൊ പുരേ പൗരാൻ പശ്യൻ നരയുവതി നാമാകൃതിമയാൻ സുവേഷാൻ സ്വർണാലംകരണ കലിതാൻ സുവേഷാൻ നല്ലവണ്ണം വസ്ത്രം ധരിച്ചിട്ടുള്ളവർ ഉം ഹോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ളവര് വില പിടിച്ചിട്ടുള്ള വലിയ സാരി അതുപോലെ മറ്റു അതുപോലെ അല്പമാത്രമായി ധരിച്ചിട്ടുള്ളവർ ഇല്ലായിട്ടാണോന്ന് ചോദിച്ചാൽ അല്ല ഉണ്ടായിട്ട് തന്നെയാണ് അത് മതി എന്ന് കരുതിയിട്ട് പിന്നെ തീരെ എന്താ പറയുക വക ധരിക്കാത്തവര് ഇങ്ങനെ വേഷ പല വേഷവിധാനത്തിലുള്ളവര് സുവേഷാൻ സ്വർണാലങ്കരണ കലിതാൻ സ്വർണാഭരണങ്ങളൊക്കെ ഒരുപാട് ശബരിമലയിൽ തങ്ക അങ്കി എഴുന്നള്ളിക്കുന്നത് പോലെ മുതൽ ഒരു സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാവും എപ്പോഴും ഇത് ഏതു നേരം നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ കാണാം കയ്യിൽ പെട്ടെന്നൊന്നും ഒരു വെട്ടയറ്റാൽ ഒന്നും സംഭവിക്കില്ല തടുക്കാൻ പാകത്തിന് ഈ പണ്ട് ഇവരൊക്കെ ഇടാറുണ്ടായിരുന്നു ഈ കടത്തനാട്ട് വീരന്മാരൊക്കെ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് പലതും അങ്ങനെ ഒരുപാട് പലതും ധരിച്ചിട്ടുള്ളവർ സ്വർണാഭരണങ്ങളൊക്കെ പലതും പല ആഭരണങ്ങൾ ധരിച്ചിട്ടുള്ള അപ്പം പുരേ പൗരാൻ പശ്യൻ നരയുവതി നാമാ കൃതിമയാൻ സുവേഷാൻ സ്വർണാലങ്കരണ കലിതാൻ ഇതൊക്കെ എന്താണ് ചിത്ര സദൃശാൻ കാണുന്നു അയാൾ ഒരു ചിത്രം കാണുന്നത് പോലെ ഒരു ക്യാൻവാസ് ഇതാ ഇപ്പം നമ്മുടെ പിറകിൽ ഒരു ക്യാൻവാസ് ഉണ്ട് രാജസൂയ യാഗം ആണെന്നാണ് തോന്നുന്നു സ്വാമിയുടെ ഓർമ്മ അത് ശരിയാണ് എന്തെങ്കിലും എന്താകട്ടെ ഒരു യാഗമാണോ ഒരു ചടങ്ങ് അപ്പൊ അതിൽ നമ്മൾ വേണമെങ്കിൽ ഓ ഇതാരാണ് ഇതാ മുനിയാണ് വസിഷ്ഠനാണ് വിശ്വാമിത്രനാണ് അതവിടെ ഗരുഡനുണ്ട് അവരുണ്ട് ഇവരുണ്ട് ആ ഋഷി ഈ ഋഷി ഇങ്ങനെ ചിത്രത്തിൽ ഒരുപാട് പേര് ചിത്ര സദൃശ എന്ന് പറയുമ്പം വൈവിധ്യമാർന്ന ബിംബങ്ങളാണ് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ചിത്രത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിംബങ്ങൾ അതിൽ വരുമ്പോഴല്ലേ അതൊരു ചിത്രമാവുള്ളൂ അല്ലാതെ വെറുതെ നിങ്ങൾ ഒരു വലിയൊരു ചകന്ന ക്യാൻവാസ് ഒന്നുമില്ല അതിൽ ഒന്നുമില്ല ഒരു വസ്തു ഇല്ലേ ഒന്നുമില്ല ഇതെന്ത് ചിത്രം എന്തെങ്കിലും ഒന്ന് വേണം നമ്മളങ്ങനെ ഒരു ചിത്രം കണ്ടിട്ടുണ്ട് കോർണറിലുണ്ട് ഒക്ടോ എന്ന് എഴുതിയിട്ടുണ്ട് എന്താണത്ര ഒക്ടോബർ വിപ്ലവമാണെന്ന് അത് ശരി അപ്പോൾ അതിൻ്റെ കോർണറിൽ ഓ മതി ഒരു ഓ എങ്കിലും വേണ്ട അവിടെ എന്തെങ്കിലും ഒന്ന് വേണോ അതിനെ പ്രതിനിധാനം ചെയ്യാൻ അപ്പം വൈവിധ്യമാർന്ന ബിംബങ്ങളാണ് ചിത്രത്തിന് മാറ്റുകൂട്ടുന്നത് അപ്പൊ ഋഷി മുനി കാണുന്നു പശ്യന് കാണുന്നു ചിത്ര സദൃശാൻ ചിത്രം പോലെ കാണുന്നു പക്ഷെ ചിത്രം പോലെ കാണുകയാണോ അല്ല തൈഹി സഹരമന് വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് ആചാര്യസ്വാമികൾ പറയുന്നു തൈഹി അവരോടൊപ്പം സഹരമൻ രമിച്ചുകൊണ്ട് അവരിലൊരാളായി നമുക്കിതാണ് അറിയാത്തത് നമ്മളെപ്പോഴും മാറി നിന്ന് കുറ്റം പറയും കണ്ടോ പോകുന്നത് നല്ല ആവശ്യമുണ്ട് അവർക്കിങ്ങനെ ഉണ്ടത് മുനിയെ സംബന്ധിച്ച് തൈഹി സഹരമൻ ചിത്രത്തിൽ തന്നെയും കാണുന്നു നമ്മൾ ചിത്രം കാണുമ്പോൾ നമ്മളെ മാറിയിട്ടാ കാണുക മുനി കാണുമ്പോൾ തന്നെയും ഈ ചിത്രത്തെ കാണുന്ന തന്നെയും കാണുന്നു എന്നിട്ട് വ്യാമോഹം എന്ന ഭജതി ആ കാഴ്ച ഹേതുവായിട്ട് വ്യാമോഹത്തെ രണ്ടെന്ന ഭാവത്തെ ഭജിക്കാത്തവൻ മുനി എന്ന് പറയും അവിടെ മുനിയുടെ ലക്ഷണം ഭഗവത്പാദര അവിടെ പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ മൗനത്തെ ആചരിക്കുന്നവൻ പ്രതീക്ഷകൾ അകന്ന മനസ്സിന്റെ ഉടമ ആരാണോ അവൻ മുനിയാണ് പ്രതീക്ഷകൾ അകല എന്ന് പറയുമ്പോ പല വിധത്തിൽ പ്രതീക്ഷകൾ അകലാറുണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല കൊണ്ടുപോയിക്കോളൂ എന്നാ ശരി ഇനി മുനിയായി കളയാം അങ്ങനെയല്ല നല്ല അറിവോട് കൂടിയിട്ടുള്ള ആത്മവിചാരം ചെയ്യുന്ന സ്വാത്മവിചാരം ചെയ്തിട്ടുള്ള അവനെയാണ് മുനി അതുകൊണ്ട് അവനിൽ എന്തില്ല വീതരാഗഭയ ക്രോധ ആരോടുില്ല കാരണം ഇവരൊന്നും എന്നോട് എനിക്ക് ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ ഞാനും ഇവനും ഇവരുമായി മത്സരിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഇവരൊന്നും എനിക്ക് മത്സരിക്കാൻ പോകുന്നവരാണെന്ന് കാരണം ഈ വിശ്വമായിരിക്കുന്നത് ഞാനാണ് പിന്നെ ഞാൻ എന്തിനു മത്സരിച്ച് വെറുതെ സമയം കളയണം പലപ്പോഴും നമുക്ക് ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ ഈ അടിപിടിയിൽ നിന്നൊക്കെ ഒഴിവാവാൻ പറ്റും പക്ഷേ നമുക്ക് വാശിയാണ് ഇവിടെ പറയുന്നു വീതരാഗ ഭയക്രോധ ആശ ഭയം കോപം ഇതൊക്കെ അങ്ങോട്ട് ഒഴിഞ്ഞാൽ മുനിയായി ആ മുനിയെ സ്ഥിരബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നു നമുക്ക് ചിലരോടൊക്കെ ഭയങ്കര ദേഷ്യം തോന്നും എന്താ ഇവരെയൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പൊ ചിലർ ചോദിക്കുന്നു എങ്ങനെയാ അപ്പം ഇതിൽ നിന്നൊക്കെ എങ്ങനെയാ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും സ്വാമി പറയൂ എങ്ങനെയാ മുന്നിയാവുക കാര്യം വളരെ എളുപ്പ നമുക്ക് തോന്നിയിട്ടുള്ളതാ ഇതെങ്ങനെയാണെന്നൊക്കെ ആശ്രമത്തിലൊക്കെ പഠിക്കുമ്പോ നമുക്കും തോന്നിയിട്ടുണ്ട് ചില ചില ചിലരുടെ പെരുമാറ്റമൊന്നും നമുക്ക് ഇഷ്ടാവില്ല ഒരു തരത്തിലും അവരുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമുക്ക് നിരന്തരം സമ്പർക്കം വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാവും എങ്ങനെ ഇതിനെ ജയിക്കണം നമ്മൾ ആശ്രമത്തിൽ വന്ന് ഒരിക്കലും വേറൊരു സ്വാമിജി ആശ്രമത്തിൽ വന്ന സമയത്ത് ആ സ്വാമിജിയോട് നമ്മൾ ചോദിച്ചു സ്വാമിജി എങ്ങനെ ഇതിനെ ജയിക്കാൻ പറ്റുക അപ്പൊ സ്വാമിജി ഒരു കാര്യം പറഞ്ഞു നമുക്ക് വളരെ അത് കേട്ടപ്പോ തന്നെ വലിയൊരാശ്വാസം വന്നു അത് സ്വാമി പറഞ്ഞുതരാം സ്വാമി ചോദിച്ചു ഒരു ജന്മന ജന്മത്തിൽ ജനിക്കുമ്പോൾ പോളിയോ വന്നിട്ടുള്ള ഒരാളെ കണ്ടാൽ പോളിയോ വന്ന് കാലൊക്കെ തളർന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾക്ക് അയാളോട് ദേഷ്യം തോന്നുക ഒരംഗത്തിന് എന്തെങ്കിലും വൈകല്യം സംഭവിച്ച ഒരാളെ കണ്ടാൽ നിങ്ങൾക്ക് ദേഷ്യമാണോ തോന്നുന്ന അതോ ഒരു സഹതാപം തോന്നുക അതോ അദ്ദേഹത്തിൽ ഒരു അനുകമ്പ തോന്നും എന്താ നിങ്ങൾക്ക് തോന്നുക പറയാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞു ഒരു കുറച്ചൊരു കെയർ കുറച്ചുകൂടെ കെയർ ചെയ്യണം എന്ന് നമ്മുടെ ശ്രദ്ധ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് കുറച്ചുകൂടെ താല്പര്യം അതെ മനസ്സ് ഒരവയവമാണ് മനസ്സിന് പോളിയോ ബാധിക്കാം വൈകല്യങ്ങൾ വരാം വൈകല്യമാർന്ന മനസ്സിന്റെ ഉടമകളോട് നമ്മൾ ഈ ഒരു സമീപനം തന്നെ കൈക്കൊള്ളും ഇത് വലിയൊരു ആശ്വാസമായിരുന്നു അപ്പം അത് മാറ്റി മറിക്കുന്ന ഒന്നായിരുന്നു ആലോചിച്ച് നോക്കൂ കാരണം നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല കാരണം നമ്മുടെ ഒരു ശരിയ നമ്മുടെ സ്റ്റാൻഡ് നാം എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് നമ്മളത് പലരുമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അതിൽ വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളൊക്കെ കാണുന്നത് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടാകുന്നുവെങ്കിൽ നമുക്കതിനെ തിരുത്താം ഏതായാലും നമുക്കൊരു ശ്രമം നടത്താം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പ്രോജക്റ്റുമായിട്ട് പോകുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമായിട്ട് ചില ആളുകൾ മുൻപിൽ വരുമ്പം നമുക്ക് അവരോട് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാവും വീട്ടിലൊക്കെ തന്നെയാണെങ്കിലും അപ്പൊ വീട്ടിൽ ചിലപ്പോ കുട്ടികൾ പറയും അച്ഛ നമുക്ക് ഈ ബാത്റൂമിന്റെ ഡോറ് ഈ പുറത്തേക്ക് തുറക്കുന്നതിന് പകരം അച്ഛൻ അകത്തേക്കായിരിക്കും നല്ലത് എന്ന് പറഞ്ഞാൽ അച്ഛനും ഒരിക്കലും അത് അങ്ങോട്ട് അംഗീകരിക്കില്ല അച്ഛൻ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ തന്നിഷ്ടം കാണിക്കുന്ന അപ്പൊ ഈ അവനിങ്ങനെ വല്ലാത്തൊരു ദേഷ്യം ഒരു ഒരു വിവരവും ഇല്ല എന്ത് പറഞ്ഞിട്ട് എന്താണ് പകരം ഇങ്ങനെ ഒരു സമീപനമാണെങ്കിൽ നമ്മൾ ഈ ഒരു സമീപനം കൈക്കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മൗനത്തെ ശീലിച്ചാൽ ചിലപ്പോ നമ്മൾ അവർ അവര് നമ്മളോട് അഭിപ്രായം ചോദിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താ അപ്പൊ എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആവാം വേണമെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം ഇതങ്ങനെയല്ല അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്വാമി ഒന്നും കൂടെ പറഞ്ഞു നമുക്ക് ഇവിടെ വ്യക്തികൾ എന്ന് പറഞ്ഞാല് അടിസ്ഥാനമായിട്ട് ഈശ്വരന്റെ വിഭൂതിയാണ് എല്ലാം പ്രപഞ്ചത്തിലെല്ലാം അത് നമ്മൾ മറന്നു പോകും എല്ലാം തന്നെ അപ്പം വ്യക്തികളെ വ്യക്തികളോട് നമുക്ക് വിദ്വേഷം പാടില്ല വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വ്യക്തികളോട് നമുക്ക് വിദ്വേഷം പാടില്ല നമുക്ക് വിദ്വേഷമാകാം ഏതിനോട് പ്രവൃത്തിയോട് നമുക്ക് പറയാം നോക്കൂ അങ്ങ് ചെയ്ത ഈ പ്രവൃത്തി ഉണ്ടല്ലോ ഇതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അങ്ങയോട് അങ്ങേയറ്റം ബഹുമാനമുണ്ട് അപ്പൊ ഇത് പൊരുത്തപ്പെടുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇതിനെ വ്യക്തമാക്കി തരണം എന്ന് പറഞ്ഞാൽ ആ നമ്മളെ നമ്മുടെ സമീപനമേ വളരെ ആത്മാർത്ഥതയുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിനത് തിരുത്തി നിങ്ങളെ ബോധിപ്പിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അല്ല നിങ്ങൾ വ്യക്തിയെ വെറുക്കുന്നുവെങ്കിൽ അദ്ദേഹം എന്ത് നല്ലത് ചെയ്താലും നമ്മളത് കാണില്ല അതുകൊണ്ട് വ്യക്തി വെറുക്കപ്പെട്ടുകൂടാന്ന് പറയാം പ്രവൃത്തികളെ നമുക്ക് വിമർശിക്കാം വ്യക്തിയെ വിമർശിച്ചു പോരാ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് നമുക്ക് പറയാം നിങ്ങൾ പറഞ്ഞത് ഇതാ നിങ്ങളിങ്ങനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്താൽ ഇങ്ങനെ എങ്ങനെയുള്ള ദോഷം ഞാൻ അതിൽ കാണുന്നു അപ്പം അതിനെ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞില്ലേ നടക്കൂലത് നിങ്ങൾ പറഞ്ഞ ഒരു പരിപാടി ഇവിടെ നടക്കൂല ഇവിടെ നടത്താൻ ഞാൻ അനുവദിക്കില്ല ഇതാണ് നമ്മുടെ തീരുമാനം കാരണം എനിക്ക് അദ്ദേഹത്തിനോട് ദേഷ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞേക്കണം അങ്ങേ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു ഇന്ന് ഇത് നിങ്ങൾ പറയുമ്പോൾ വളരെ വളരെ നെഞ്ചത്ത് കൈവച്ച് പറയും അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞേക്കരുത് ഇനി നാളെ പോയിട്ട് അങ്ങയെ ഞാൻ അങ്ങേയറ്റം അതിനല്ല വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ള പറച്ചിലാണെന്ന് പറയാം ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ എന്നിലെ ഈ സംശയം തീർത്തു തരാൻ അങ്ങ് ബാധ്യസ്ഥനാണ്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 ആ നമ്മളെ നമ്മുടെ സമീപനമേ വളരെ ആത്മാർത്ഥതയുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന് അത് തിരുത്തി നിങ്ങളെ ബോധിപ്പിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അല്ല നിങ്ങൾ വ്യക്തിയെ വെറുക്കുന്നുവെങ്കിൽ അദ്ദേഹം എന്ത് നല്ലത് ചെയ്താലും നമ്മളത് കാണില്ല അതുകൊണ്ട് വ്യക്തിയെ വെറുക്കപ്പെട്ടുകൂടാന്ന് പറയാം പ്രവൃത്തികളെ നമുക്ക് വിമർശിക്കാം വ്യക്തിയെ വിമർശിച്ചുകൂടാം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് നമുക്ക് പറയാം നിങ്ങൾ പറഞ്ഞത് ഇതാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു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 ഇന്ന് ഇത് നിങ്ങൾ പറയുമ്പോൾ അത് വളരെ വളരെ നെഞ്ചത്ത് കൈവെച്ച് പറയും അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞേക്കരുത് ഇനി നാളെ പോയിട്ട് അങ്ങേ ഞാൻ അങ്ങേയറ്റം അതിനല്ല വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ള പറച്ചിലാണെന്ന് പറയാം ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ എന്നിലെ ഈ സംശയം തീർത്തു തരാൻ അങ്ങ് ബാധ്യസ്ഥനാണ് ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ക്ലിയർ ആവും ഈ ഒരു സമീപനം തന്നെ അദ്ദേഹം പറയും ശരി അങ്ങേക്ക് ഇതിൽ തോന്നുന്ന വിയോജിപ്പുകൾ പറയൂ അപ്പോൾ പറയാം സാർ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ആരാണോ ഭർത്താവട്ടെ ഭാര്യയാവട്ടെ അച്ഛനാകട്ടെ മകനാകട്ടെ ആരും ആവട്ടെ അച്ഛ ഞാനതിൽ ഇങ്ങനെ കാണുന്നു ഓ ശരിയാണല്ലോ നീ പറഞ്ഞേ ശരിയാ അച്ഛൻ അത്രയും അങ്ങോട്ട് ഓർത്തില്ല ഏതായാലും നമുക്ക് അതും കൂടെ ഈ കാര്യത്തിൽ ഉൾപ്പെടുത്താം വളരെ കാര്യം ക്ലിയറായി അത് കഴിഞ്ഞാൽ സക്സസ് ആയാൽ പറയും എടാ നീ പറഞ്ഞതുകൊണ്ട് അത് നന്നായി നീ അത് ഓർമ്മിപ്പിച്ചത് നന്നായി അതുകൊണ്ടാ സീതാദേവി രാമനോട് പോലും ഈ ഒരു സമീപനാണ് എടുത്തിരിക്കുന്നത് അജ്ഞാതവാസകാലത്ത് രാമൻ വാള് മൂർച്ചയാക്കുമ്പം സീതാദേവി പറയുന്നത് എന്താണെന്നറിയോ മാ ആര്യപുത്ര മാ അരുത് അരുത് എന്ന് പറയുക ഓർമ്മിപ്പിക്കുക അപ്പം രാമനൊരു നോട്ടാണ് ആരടി ഇവൾ എന്ന മട്ടിൽ അപ്പോൾ പറയാം അതു ബോദ്ധവ്യം കിന്ദു സ്മാരയിതവ്യം അങ്ങനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ബോധിപ്പിക്കുകയല്ല കാരണം ഇതിങ്ങനെ പുല്ലില് തുടങ്ങിയാൽ അങ്ങ് ചിലപ്പോ ജീവജാലങ്ങളിൽ തുടങ്ങും അങ്ങ് താപസ വൃത്തി പൂണ്ടിരിക്കുന്ന സമയമാണ് അങ്ങ് താപസനാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതാണ് ബോധിപ്പിച്ചതല്ല എന്ന് ഈ ഓർമ്മിപ്പിക്കലാണ് ഇതിൽ പറ്റുന്ന പണി അതുകൊണ്ട് അപരനെ നമ്മൾ പൂർണ്ണമായി സ്വീകരിക്കേണ്ടതുണ്ട് വ്യക്തിയെ നിങ്ങൾ വെറുക്കേണ്ട വ്യക്തിയുടെ ആ പ്രവൃത്തി ഉണ്ടല്ലോ പ്രവൃത്തിയെ നമുക്ക് നിശിതമായി വിമർശിക്കാം അതിന് അതിനോട് വേണമെങ്കിൽ വെറുപ്പ് വയ്ക്കാം കാരണം അത് നമുക്ക് പൂർണ്ണ ബോധ്യമായിട്ടുള്ളതാണ് എങ്കിൽ അതല്ലാതെ വരുമ്പോൾ ഈ ഗവൺമെൻറ്റിലൊക്കെ നോക്കൂ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് അഞ്ച് വർഷത്തിനപ്പുറത്തേക്ക് ഒരു പ്രോജക്റ്റിനെക്കുറിച്ച് പറയാൻ ഇവർക്കില്ല ഇനി അഞ്ച് വർഷത്തിൽ ആ പ്രോജക്റ്റ് ഒരു അത് കമ്മീഷനായി വരുന്ന സമയത്ത് പിന്നീട് വരുന്ന അധികാരം കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപാതാണല്ലോ കാരണം മാറി മാറി വരുന്ന ഭരണകക്ഷി കഴിഞ്ഞ കക്ഷി എന്താണോ ചെയ്തത് അതിനെ മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ട് അതിനെ ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുക നമ്മൾ അത്യാവശ്യം നാട് ചുറ്റിയിട്ടുള്ള ഒരാളാണ് ഈ വക കാര്യത്തിലൊക്കെ തമിഴ്നാട് എന്തുകൊണ്ടും മാതൃകയാണ് വലിയ നല്ല നല്ല പ്രോജക്റ്റുകൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ ആ ദേശത്തോട് അവർക്ക് അങ്ങേയറ്റം കൂറുണ്ട് ഇപ്പൊ ദേശത്തിൻ്റെ വികസനം അവരെ സംബന്ധിച്ച് അതൊരു പൊതു അജണ്ടയാണത് ഇവിടെ അങ്ങനെയല്ല ആരാണ് ഇത് കൊണ്ടുവന്നത് അവനെ എതിർക്കുക അതേത് കാര്യമാണെങ്കിലും ഇവിടെ ഒരു ഹൈവേ കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ടത്ര ദീർഘവീക്ഷണം ഉണ്ടോ ഹൈവേക്ക് അപ്പുറത്ത് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് എന്ത് വേണം അത് കഴിഞ്ഞിട്ടല്ലേ അത് അപ്പോൾ ഞങ്ങളത് കൊണ്ടുവന്ന് നടപ്പാക്കി അടങ്ങും സ്വാമി രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുകയല്ല പക്ഷേ നമ്മുടെയൊക്കെ വികസനത്തിൻ്റെ മുരടിപ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെയാണ് നമുക്ക് അടിസ്ഥാനമായിട്ട് രാഷ്ട്രീയത്തിൽ തന്നെ പറയുന്നത് എന്താണ് ഞങ്ങളുടെ ശത്രുക്കളാണ് എന്ന് അത് തന്നെ ഒരു തെറ്റായ സമീപനമാണ് രാഷ്ട്രീയത്തിൽ ശത്രു പാടില്ലാത്തതാണ് കാരണം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് ശ്രമിക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് കുഞ്ഞുണ്ണിമാഷ് രാഷ്ട്രത്തിൽ ഈയമൊഴിക്കുന്നത് രാഷ്ട്രീയം എന്ന് നിർവചിച്ചത് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത് ഈ ഒരു പ്രവർത്തനങ്ങളെ നോക്കി കണ്ടത് നോക്കി കണ്ടിട്ടാണ് നമ്മുടെ രാഷ്ട്രസങ്കല്പം തന്നെ വേറെയാണ് വേദത്തിലെ രാഷ്ട്രസങ്കൽപ്പം അവിടെ സ്വസ്തിപ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാസമസ്താ സുഖിനോഭവം തോന്നുള്ള നോക്കൂ നിങ്ങൾ നിങ്ങൾ പോലും പറയില്ലേ ഇപ്പൊ നമ്മുടെ ഒരു പുതിയ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കണം പുതിയ മുഖ്യമന്ത്രി വരുന്ന തെരഞ്ഞെടുപ്പ് സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു തറക്കല്ലിടല്ലോ അദ്ദേഹം എന്റെങ്കിലും ഒരു ഇനോഗ്രേഷന്റെ സമയത്ത് പഴയ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവിനെ സ്മരിച്ചുകൊണ്ട് പറയാം കഴിഞ്ഞ കാല ഗവൺമെന്റ് തുടങ്ങിവെച്ച ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് ഇതാ എനിക്ക് വിളക്ക് കൊളുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ അങ്ങേയറ്റം എന്താ നന്ദിയുള്ളവനാണ് കഴിഞ്ഞ ഗവൺമെന്റിനോട് ഞാൻ ആ സന്തോഷം അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും ഇല്ലേ ഉണ്ടാവോ ഇല്ലയോ അത് നിങ്ങളൊക്കെ ആകെ വിഷമിക്കോ ആ പഴയ ആളും അവർ എന്തൊരു എന്തൊരു എന്തൊരു എന്ത് സന്തോഷമായിട്ട് നമുക്കിവിടെ ഈ കാര്യങ്ങളൊക്കെ നീക്കാം അതുകൊണ്ട് പലരും ഈ അഞ്ച് ഇതപ്പോൾ ഇതൊക്കെ പൂർത്തീകരിച്ച് ഇങ്ങനെ തറക്ക് എല്ലാം അങ്ങനെ ഇതായി നിൽക്കുമ്പോഴായിരിക്കും അടുത്ത ഇലക്ഷൻ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഈ വിദ്വാമാരി ഒന്നും ആ വഴുക്കി കയറ്റാൻ ഇവരനുവദിക്കില്ല അവരെന്തെങ്കിലും നിർദ്ദേശിച്ച് പേരുകൾ പോലും എടുത്തു മാറ്റിയിട്ട് വേറൊരു പേരൊക്കെ പ്രതിഷ്ഠിച്ച് ഇവരതിൻ്റെ ആളുകളായിട്ട് അങ്ങനെ ഈ ഒരു കാമനയുള്ള മനസ്സാണ് അതുകൊണ്ടാണ് പ്ലാറ്റോൻ്റെ റിപ്പബ്ലിക്കിൽ പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ ആ വരി ഭരണാധികാരി തത്വജ്ഞാനിയായിരിക്കണം എന്നത് എങ്കിലോ ഒരു കുഴപ്പമില്ല എന്ന് പറയാം അങ്ങനെ ഒരു ടീമായിരിക്കണം ഇവിടെ അപ്പൊ നമുക്ക് നമുക്ക് തന്നെ സന്തോഷമാവും തെരഞ്ഞെടുത്ത് കഴിഞ്ഞ അവരൊക്കെ ഇപ്പൊ വിദേശങ്ങളിലൊക്കെ പലതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് വികസനത്തിന്റെയൊക്കെ കാര്യത്തിൽ അവരെല്ലാവരും ഒരുപോലെയാണ് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ എല്ലാവരും അതിനെ എതിർക്കുന്നവരാണ് ഈ ഒരു വെറുതെ കസേര എടുത്ത് എറിയുന്ന ഇപ്പൊ എറിയാൻ പാകത്തിന് കിട്ടാത്ത വിധത്തിലാക്കിയിട്ടുണ്ട് നിയമസഭ എടുത്താ പൊങ്ങില്ല കേരള നിയമസഭയിൽ ഇപ്പൊ പഴയതുപോലെ എടുക്കാൻ പറ്റില്ല ആർക്കും മൈക്കൊന്നും കിട്ടില്ല അത് അത്രയും ഫിക്സഡാണ് പണ്ട് ഊരി എറിയായിരുന്നു അത് ശരി അപ്പൊ നമ്മുടെ മനസ്സിൽ വിദ്വേഷം വ്യക്തിയോടാകാതിരിക്കട്ടെ എന്ന് ഭഗവാന്റെ നിർദ്ദേശം അർജുന സ്ഥിതപ്രജ്ഞാ സമാധിസ്ഥ അർജുനന്റെ ചോദ്യം ഹേ ഭഗവൻ ആരാണ് സ്ഥിതപ്രജ്ഞൻ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം എങ്ങനെ സംസാരിക്കും എങ്ങനെ നടക്കും എങ്ങനെ ഇരിക്കും നമ്മൾ ഈ ചോദ്യത്തെ വിസ്തരിച്ച് മനസ്സിലാക്കി അങ്ങേയറ്റം കാലിക പ്രസക്തിയുള്ള ഒരു പ്രശ്നമാണ് അർജുനൻ അവതരിപ്പിച്ചത് ഒരു ചോദ്യം ആണ് അവതരിപ്പിച്ചത് എന്ന് പറയാം ഭഗവാൻ അതിനാദ്യം തന്നെ ഉത്തരം കൊടുത്തു ഭഗവാൻ പറയുന്നു എന്താ പറഞ്ഞത് നിന്നാണോ മനകൾ പൂർണ്ണമായി മനസ്സിൽ നിന്ന് കാമനകൾ പൂർണ്ണമായി നീങ്ങിയിട്ടുള്ളത് അവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു അതാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത് തുടർന്ന് സ്ഥിതപ്രജ്ഞനെ മുനിയായി ഭഗവാൻ അവതരിപ്പിച്ചു പറഞ്ഞു ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗയക്രോധ സ്ഥിതധീഹി മുനി ഉച്ചതേ മുനിയുടെ ലക്ഷണവും നമ്മൾ ഇന്നലെ കണ്ടുവെന്ന് പറയാം ഇനി സ്ഥിതപ്രജ്ഞ ലക്ഷണം തുടർന്ന് ഭഗവാൻ വിവരിക്കുകയാണ് നമുക്ക് നോക്കാം നൂറ്റിയെട്ട് ദിവസം എഴുന്നൂറ്റിയൊന്ന് ശ്ലോകം അപ്പോൾ ആ സ്വാമി ആ ഒരു ക്രമത്തിലാണ് പോവുക അപ്പം ഇപ്പം കുറച്ച് എന്താ വാഹ ട്രെയിൻ അല്ലെങ്കിൽ ഈ പോക്ക് ഒന്ന് പതുക്കെയാണ് പോകുന്നത് ഒന്ന് നമുക്ക് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പെട്ടെന്ന് ഓടൊന്നുമില്ല നമ്മൾ പോലും അറിയാതെ നമുക്കൊന്ന് അതായത് റിവിഷൻ കുറവായിരിക്കും ഇന്നലകളിലേക്ക് പറഞ്ഞത് പിന്നെ ഓരോ അധ്യായങ്ങൾ മാറുന്ന സമയത്ത് നമുക്കൊന്നും രണ്ടും അധ്യായത്തിൽ എന്താ പറഞ്ഞു പറഞ്ഞിട്ട് മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം ശരി ൊരുവൻ ചിമ്മയാനന്ദ സ്വാമികൾ യഹ എന്ന ശബ്ദത്തിന് കൊടുക്കുന്ന നിർവചനം ദ യൂണിവേഴ്സൽ പ്രോനൗൺ യഹ അതെല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്നു എന്ന് പറയാം ആരോ ആവട്ടെ അവൻ ഇന്ന് ദേശക്കാരൻ ഇന്ന ഭാഷക്കാരൻ ഇന്ന ജാതിക്കാരൻ എന്നൊന്നുമില്ല യഹ യാതൊരുവൻ യഹ സഹ ഇതൊക്കെയാണ് നമ്മുടെ ശാസ്ത്രത്തിലെ ശബ്ദങ്ങൾ അവൻ യാതൊരുവൻ എന്നൊക്കെയാണ് അത് ഇന്നവൻ എന്നില്ല അവന്റെ ലക്ഷണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവൻ ഇന്ന് ക്രമത്തിൽ വന്നവനായിരിക്കണം എന്നൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പൊ യഹ യാതൊരുവനാണോ സർവത്ര അനഭിസ്നേഹ സർവത്ര എല്ലായിടത്തും സർവത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്തിലൊക്കെയാണ് ഇപ്പൊ നമുക്ക് പുത്ര മിത്ര കളത്ര ധന ഇത്യാദികളിലൊക്കെ സർവത്ര എന്ന് പറയുമ്പം എണ്ണിക്കുള്ള അനഭിസ്നേഹ വിശേഷ സ്നേഹമില്ലാത്തവനായി ഇതിനോടൊക്കെ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട് എൻ്റെ ആളുകളോട് എൻ്റെ അത് ഇല്ലാത്തവനായിട്ട് തത് തത് അതത് ഓരോരോ ശുഭാശുഭം അതുപോലെ ശുഭം അശുഭം നന്മ തിന്മ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രാപ്യ അതിനെ പ്രാപിച്ചിട്ട് ന അഭിനന്ദതി അതിൽ പ്രത്യേകിച്ച് സന്തോഷിക്കാതിരിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഭഗവാൻ നേരത്തെ പറഞ്ഞ ആശയം തന്നെയാ ഒന്നിന്റെയും സാന്നിധ്യം തനിക്ക് വിശേഷിച്ച് സന്തോഷവും ഇല്ല ദുഃഖവും ഉണ്ടാക്കുന്നില്ല നമ്മളിത് ശരിക്കും നമ്മൾ ഇതിൽ നിന്നൊക്കെ എന്താ നമ്മൾ പഠിക്കേണ്ടത് അതാണ് ഇവിടെ ചോദ്യം അപ്പൊ നമ്മളുടെ നമുക്കിതാ വന്നു എന്താ ഒന്നാ ന്യൂ ഇയർ വന്നു അയ്യോ ന്യൂ ഇയറിന് ഓ അവള് വന്നില്ലല്ലോ അവളില്ലാതെ എനിക്കെന്ത് ന്യൂ ഇയർ എന്നിട്ട് അവളും പറയാം നിങ്ങളില്ലാതെ എനിക്കെന്ത് ന്യൂ ഇയർ എന്നിട്ട് രണ്ടുപേർക്കും ന്യൂ ഇയർ ഇല്ല അങ്ങനെയാ വരുത് നമ്മുടെ സന്തോഷം അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ മക്കളാവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ ഇതര വസ്തുക്കളെയോ വ്യക്തികളെയോ ആശ്രയിച്ചായിരിക്കരുത് ഭഗവാൻ പ്രത്യേകം ഗീതയുടെ ഏറ്റവും ഊന്നൽ ഇതിലാണ് ആ സംഘത്തെയാണ് ഒന്ന് പിടിയിപ്പിക്കേണ്ടത് നമ്മളെപ്പോഴും അങ്ങനെയാ ഒരു ഓണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓണമൊന്നുമില്ല എന്താ വകയിലൊരമ്മാവ് മരിച്ചു എന്നിട്ട് എല്ലാവർക്കും ഓണം ഉണ്ട് എന്താനോ ഞങ്ങളിവിടെയൊന്നും വയ്ക്കുന്നില്ല നിങ്ങൾ വിളിച്ചാൽ വരാം എന്നിട്ട് അവിടെ ഇരുന്ന് വിശേഷമായിട്ട് ഇവിടെ തേക്കാൾ അപ്പൊ ഇങ്ങനത്തെ ഈ എന്താ പറയുക ഈ നിത്യാധാരണകളെയൊക്കെ എടുത്തു മാറ്റുക അപ്പൊ നിങ്ങൾ ഓണം ആഘോഷിച്ചോ ആഘോഷിച്ചില്ലേ എന്നുള്ളത് വേറെ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നണം ഈ മരണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ പഠിക്കാൻ നല്ല അവസരമാണ് മരണമൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു നമ്മൾ ഏകദേശം അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക ഒന്ന് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരണത്തിനൊന്നും വരാൻ പറ്റാത്ത കുടുംബത്തിലെ ആരും വരുന്നുണ്ട് അപ്പോൾ അതുവരെ നമ്മൾ വളരെ ചിരിച്ചുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അവർ ആ ഗേറ്റും കടുത്ത് തുറന്നു വരുമ്പോഴേക്കും നമ്മുടെ മുഖമൊക്കെ ഒരു പ്രത്യേക ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ആരും അങ്ങോട്ട് വന്നിരുന്ന് പിന്നെ അങ്ങോട്ട് തുടങ്ങായി എന്തിനാ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ നമ്മുടെ ആ സ്വസ്ഥതയുണ്ടല്ലോ നമ്മുടെ സഹജമായ ആ ഭാവം അത് കൈവടിയരുതേ എന്നാണ് ഇവിടെ പ്രാർത്ഥന ഭഗവാന്റെ അർജുന നീ അത് വിടരുത് നമ്മളോട് പറയണം ആനന്ദ ചിന്മയന്മാരാണ് നമ്മളൊക്കെ അപ്പൊ അത് വിട്ടിട്ട് ഈ താൽക്കാലികമായിട്ടുള്ളതുമായിട്ട് പോയി ചേർന്ന് നിൽക്കരുത് അതുകൊണ്ട് സർവത്ര അനഭിസ്നേഹ ഇപ്പോഴുള്ള അപ്പൊ സ്വാമി ഇതൊക്കെ കുറച്ച് കടുത്ത വാക്കുകളാണ് എന്ന് തോന്നും പക്ഷേ ഇപ്പോ ഉള്ളതിന് ഈ കുഴപ്പമുള്ളത് ഇപ്പോഴുള്ള സ്നേഹം ഉള്ളതിൻ്റെയൊക്കെ പിറകിൽ ഓരോ താല്പര്യങ്ങളുണ്ട് താല്പര്യം ഇല്ലാത്തൊരു സ്നേഹത്തെക്കുറിച്ചൊന്ന് സംഭവിക്കുന്നത് ആലോചിക്കണത് അത് ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ഒക്കെ അടർന്നു നിൽക്കുന്ന പരമമായ സ്നേഹം അതിനെയാണ് ഭക്തി എന്ന നാരദരു വ്യാഖ്യാനിച്ചിട്ടുള്ളത് സാത്വസ്മിൻ പരമപ്രേമരൂപ അസ്മിൻ പരമപ്രേമരൂപ ഇവനിൽ തന്നെയുള്ള പരമമായ പ്രേമം അതാണ് ഭക്തി അതുകൊണ്ട് ഇത് അതിൽ നിന്ന് വിടണം ശുഭാശുഭം പ്രാപ്യ ന അഭിനന്ദതി സന്തോഷിക്കുകയോ വിശേഷിച്ച് സന്തോഷിക്കുകയോ ന ദ്വേഷ്ഠി ദ്വേഷിക്കുകയോ ചെയ്യുന്നില്ല അതാരലാണ് യഹ യാതൊരുവനിലാണ് ഇത് സംഭവിക്കുന്നത് തസ്യ അവന്റെ പ്രജ്ഞ ബുദ്ധി പ്രതിഷ്ഠിത ഉറച്ചിരിക്കുന്നു ഇതാണ് ഭഗവാൻ അർജുനനോട് ആദ്യം പറഞ്ഞത് എന്താ പറഞ്ഞത് പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു ഒപ്പം നീ ദുഃഖിക്കുന്നു പണ്ഡിതനിൽ ഇതില്ല എന്ന് പറഞ്ഞു സ്ഥിര ബുദ്ധി വന്നവനിൽ ഈ ദുഃഖം ഉണ്ടാവില്ല ആ ഇന്ദ്രിയങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇതോ തെറ്റിദ് എന്താ പറയുക എത്ര എത്ര കേട്ട് കഴിഞ്ഞാലും നമുക്ക് ഇതിനെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ചെറിയ ധാരണാ പിശകുകൾ സംഭവിക്കാറുണ്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ട് കുറേ കേട്ടതൊക്കെ നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ കുറെ കുഴപ്പങ്ങളുണ്ട് അപ്പൊ എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് അതായത് ഈ ഇപ്പ ഇവിടെ ഭഗവാൻ പറയണു ഒരു എന്തപ്പം എന്തപ്പം സ്വാമി പറയുന്നത് ഇപ്പം നമ്മുടെ ഒരാൾ മരിച്ചാൽ കരയരുത് എന്നല്ലേ സ്വാമി പറഞ്ഞു വരണേ ഇതാണ് നമുക്ക് വലിയ സങ്കടം വരിക ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ പിന്നെ നൂറ്റെട്ട് ദിവസം പോരാൻ തോന്നുന്നു അതല്ല വിവേകാനന്ദ സ്വാമികളോട് വിവേകാനന്ദ സ്വാമികളുടെ സുഹൃത്ത് മരിച്ചിട്ട് സ്വാമിജി പൊട്ടിക്കരയുന്നുണ്ട് വേദാന്തം പറഞ്ഞ സ്വാമിജിയാണ് അപ്പൊ ശിഷ്യൻ ചോദിച്ചു സ്വാമിജി അങ്ങെന്തിനെ ഇങ്ങനെ കരയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ദേഹത്തിന്റെ നശ്വരതയെയും ആത്മാവിന്റെ അനശ്വരതയെയും എനിക്ക് ബോധിപ്പിച്ചു തന്നത് ആ സ്വാമിജി പറഞ്ഞു അതേ കൂട്ട സംഗതിയൊക്കെ ശരിയാണ് പക്ഷേ എന്റെ ഇന്ദ്രിയങ്ങൾ ഞാനിപ്പോൾ ഒരു പ്രത്യേക വികാരത്തിന് അടിമപ്പെട്ടിരിക്കുക ഈ വികാരത്തെ ഞാൻ ഉൾക്കൊണ്ട സമയത്ത് ആ വികാരത്തിന് സദൃശമായി എൻ്റെ ഇന്ദ്രിയങ്ങൾ എൻ്റെ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ട കാണിക്കുന്നു ശരിക്കും ഗീതയിൽ പറയുന്ന ശ്ലോകമാണ് സ്വാമിജി അവന് പറയുന്ന അവൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക അപ്പൊ എൻ്റെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ചുള്ള അതിൻ്റെ സ്വഭാവം അത് പ്രകടമാക്കും എന്റെ സ്വരൂപം എന്താണ് ആനന്ദമാണ് അതിന് അതുകൊണ്ടാ സാന്നിധ്യത്തിൽ അത് കുറച്ച് കഴിഞ്ഞാൽ കഴി അതുകൊണ്ട് വിഷമിക്കേണ്ട അതുകൊണ്ട് നമ്മൾ കടിച്ചു പിടിച്ച് ഇരിക്കണ്ട എന്ന് പറയുക ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ വ്യാപരിക്കും അതാത് സമയത്ത് പക്ഷേ നമ്മൾ ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ആകാശഗമനം എന്ന് കേട്ടിട്ടുണ്ടോ ഈ ആകാശഗമനം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഈ ഋഷീശ്വരന്മാരും ജ്ഞാനികളുമൊക്കെ ശങ്കരാചാര്യരൊക്കെ എപ്പോഴും ആകാശഗമനം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ആകാശത്ത് പറന്നു പോവുക എന്ന് ധരിച്ചേക്കരുത് അത് സംഭവിക്കുകയോ സംഭവിക്കില്ല എന്ന് ഏതായാലും അറിയില്ല സ്വാമിക്ക് ആകാശഗമനം എന്ന് പറഞ്ഞാൽ ഈ തലമുണ്ടല്ലോ ഈ ഒരു അറിവിൻ്റെ ഈ ഒരു തലം അത് അഭൗമി അതായത് അത് എന്താ പറയുക ഈ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു വാക്കുണ്ട് അത് വരുന്നില്ല അതായത് അത് ഭൂമി സംബന്ധമോ നമ്മുടെ സ്പേസ് സംബന്ധമോ ഒന്നുമല്ല അതിൻ്റെ തലം തന്നെ വേറെ എന്ന് പറയാം ആ ഒരു തലത്തിൽ വിരാജിക്കുന്നത് കൊണ്ട് അതിലിങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് അതിന് എന്ന് പറയുന്നത് തന്നെ അവരുടെ മനസ്സ് വ്യാപരിക്കുന്നത് ഈ ഭൂമിയിലോ ആകാശത്തിലോ ഒന്നുമല്ല ഈ ചിതാകാശം എന്ന് പറയും അവിടെ പറയുന്ന ആകാശഗമനം ചിതാകാശത്തിലാണ് അവിടെ സഞ്ചരിക്കുന്നത് സ്വാമിജിയോട് ഒരിക്കൽ ചോദിച്ചിരുന്നു സ്വാമിജി എപ്പോഴും ഈ കാറിലിങ്ങനെ വലിയ വലിയ കാറിലൊക്കെയാണല്ലോ സ്വാമി പോണത് എന്ന് അപ്പോൾ സ്വാമിജി പറഞ്ഞു അതെ ഞാൻ എപ്പോഴും പോകുന്ന കാറ് ഓം കാറിലാണെന്ന് പറയാം ഓം കാറാണ് എൻ്റെ കാറിന് ഈ കാറിലാണെങ്കിലും ഞാൻ ഓം കാറിലാണ് എന്ന് പറയുക അപ്പൊ അതുപോലെ ഇവിടെ ആ എന്താ ആകാശഗമനം നടത്തുന്നവര് ഈ ഈ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാല് ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് നന്നായി മനസ്സിലാവും അതിന്റെ വിഷമം ഒന്നും വേണ്ട അപ്പൊ തെറ്റിദ്ധരിക്കാതിരിക്കുക എന്താ തെറ്റിദ്ധാരണ ഗീത പഠിപ്പിച്ചു തരുന്നത് നിങ്ങളുടെ സ്വന്തക്കാർ മരിക്കുമ്പം കരയരുത് എന്നല്ല നിങ്ങൾക്ക് അറിഞ്ഞോളൂ കാരണം നിങ്ങൾ മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ മരിച്ചിട്ടില്ല എന്നല്ല അറിഞ്ഞത് മരിച്ചു അയാളുടെ ആ ദേഹത്തിൻ്റെ സാന്നിധ്യം ഇനി വരും നാളുകളിൽ ഇവിടെ ഉണ്ടാവില്ല അദ്ദേഹമായിട്ടുള്ള എൻ്റെ ഇടപെടലും ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞതും ഒക്കെ ഓർക്കുമ്പം ആ വേർപാട് എന്നിൽ വല്ലാത്തൊരു നഷ്ടബോധം ഉണ്ടാക്കുന്നു പക്ഷേ എത്ര കാലം അതിനൊരു കണക്കുണ്ട് എന്ന് പറയുക ജീവിതകാലം മുഴുവനല്ല അതുകൊണ്ട് ഈ നമ്മുടെ ഇതിലൊക്കെ വില ഇത്ര ദിവസം ഇത്ര ദിവസം എന്നൊക്കെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ളത് അത് അത്ര കാലം അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ മതി അത് കഴിഞ്ഞാൽ എന്താ ഒരു സദ്യയാണ് സദ്യയോടുകൂടി എല്ലാം കഴിഞ്ഞു പിന്നെ അതുമായിട്ടിരിക്കരുതെന്ന ഇതുപോലെയാണ് എല്ലാറ്റിനെയും ഒന്ന് നമ്മൾ മാറി നിന്ന് നോക്കി ആ അറിവിൻ്റെ വെളിച്ചത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദ്വേഷവും ഇല്ല പിന്നെ അധികം സ്നേഹവും അങ്ങനെ പ്രജ്ഞ ഉറച്ചതാവും ഈ പ്രജ്ഞ ഉറക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതാ ഒരുതരം ഒരു വികാരവും ഇല്ലാത്ത ഒരു ജാതി ഒരു ഒരു ഒരു എന്താ മറക്കടമുഷ്ടി എന്നല്ലേ അങ്ങനെ മനസ്സിലാക്കി കളയരുത് അറിവിൻ്റെ തലത്തിലാണ് ഈ ഒരു എന്താ പറയുക ഈ ഭാവത്തെ ഉൾക്കൊള്ളുന്നത് എന്ന് പറയുക ഇതൊരു സത്യമാണ് ഈ സത്യത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് ആ ഭാവം സഹജമായി തീരുന്നത് എന്ന് പറയുക